കർമ്മപ്രാധാന്യമാകും കർമ്മയോഗത്തിനെ കുറിച്ച് മുഖ്യമായി പറഞ്ഞു കർമ്മത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ജ്ഞാനത്തിനെ ചുരുക്കമായിട്ട് ഉപദേശിച്ചു ആത്മവിദ്യയെ അറിയാതെ കർമ്മത്തിനെ ഒരിക്കലും യോഗമാക്കാൻ പറ്റില്ല കർമ്മയോഗം എന്ന് വെച്ചാൽ വെറുതെ കർമ്മം ചെയ്ത് ഫലം ഇച്ഛിക്കാതിരിക്കലല്ല കർമ്മം ചെയ്യുന്നവന് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ പറ്റില്ല കർമ്മം എന്നുള്ളത് തന്നെ ഇച്ഛയാണ് ഇച്ഛയുടെ പ്രകടരൂപമാണ് കർമ്മം ഉള്ളിലുണ്ടാവുന്ന ഡിസയർ ആഗ്രഹം പുറമേക്ക് കാണപ്പെടുന്നതാണ് കർമ്മം അപ്പോ ആഗ്രഹമില്ലാതെ കർമ്മം ചെയ്യാന്ന് വെച്ചാൽ തന്നെ വിരോധാഭാസം അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ കർമ്മയോഗം എന്ന് വച്ചാൽ ആഗ്രഹത്തിന്റെ ആശയുടെ പതുക്കുള്ള നാശമാണ് കർമ്മയോഗം ആശയില്ലാതായാൽ ആശ എന്ന് വെച്ച വാസന മനസ്സിന്റെ ചലനം ചലനം മുഴുവൻ നിലച്ചാൽ നിശ്ചലമായ വസ്തു ആത്മാ പ്രകാശിക്കും അപ്പൊ ആ ചലനം അതായത് കർമ്മചലനം അങ്ങനെ പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ധ്യാനം കൊണ്ടോ ഇപ്പൊ ധാരാളം ധ്യാനമൊക്കെ ഉണ്ടോ അങ്ങനത്തെ ധ്യാനം കൊണ്ടൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്തിയാൽ കുറച്ചുനേരം നിൽക്കും എന്നിട്ട് അലയും ഭഗവാൻ രമണ മഹർഷി ഉപദേശസാരത്തിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞത് കൂട്ടിൽ വയ്ക്കുന്ന കിളിയെ പോലെ ജാലപക്ഷി വത് ഒരു ജാലത്തില് കൂട്ടിന്റെ ഉള്ളില് പക്ഷിയെ കെട്ടിയിട്ടാൽ കൂട് തുറന്നു കഴിഞ്ഞാൽ പറഞ്ഞു അതുപോലെ മനസ്സ് തൽക്കാലത്തേക്ക് അടങ്ങി നിന്നിട്ട് പിന്നെയും ചലിക്കും വാസനയുള്ളത്തോളം മനസ്സ് നിശ്ചലമാവില്ല ഇപ്പൊ ഈ വാസന പൂർണ്ണമായി ഒഴിഞ്ഞു പോവുക വാസന എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഉള്ളിൽ ഇങ്ങനെ ചെന്ന് കൂടിക്കിടക്കണുണ്ട് അത് പൂർണ്ണമായി യജിച്ചു മാറ്റണം എന്നാണ് അതാണ് യജ്ഞം കർമ്മയോഗം അതായത് ബ്രഹ്മതത്വം അറിഞ്ഞ് ഭഗവാൻ മാത്രമാണ് വാസ്തവമായിട്ടുള്ള വസ്തു എന്നുള്ളത് നല്ലവണ്ണം ഉറയ്ക്കണം ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നിശ്ചയിക്കണം ആ നിശ്ചയം ഉണ്ടായി ഈശ്വരൻ ആരാന്നുകൂടെ അറിയണം ഈശ്വരൻ തന്നെ അതിന് ഒമ്പതാം അധ്യായത്തിൽ പത്താം അധ്യായത്തിൽ പറഞ്ഞു അഹമാത്മാ ഗുഢാകേശ ഞാൻ ആത്മാവാണ് ഈശ്വരൻ നമ്മൾ പുറത്ത് പല അമ്പലങ്ങളിലും പല മൂർത്തികളെയും വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ നമ്മൾക്ക് ആത്മാവിനെ നോക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള സങ്കല്പം ഉള്ളിലേക്ക് തിരിഞ്ഞ് വസ്തുവിനെ കാണാൻ കഴിയാത്തതുകൊണ്ട് പുറമേക്ക് നമ്മളുടെ മുഖം കണ്ണാടിയിൽ കാണുന്ന പോലെ നമ്മളുടെ ഉള്ളിലുള്ള വസ്തുവിനെ അമ്പലത്തിൽ വെച്ച് കാണുന്നു തമിഴിലൊരു സിദ്ധർ അതുകൊണ്ടൊരു പാട്ടിൽ പറഞ്ഞു അമ്പലത്തിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് പാടി പാടി അവസാനം തന്നിൽ തന്നെ വരണം നാടും നഗരമും നൽത്തിരുക്കോയിലും തേടിത്തിരിന്ത് ശിവരുമാനൻ പാടുമിൻ പാടി പണിമിൻ പണിന്ത പിൻ കൂടിയ നെഞ്ചത്തുക്കോയിലായി കൊൾവനെ സകലടത്തും പാടി പാടി ഭഗവാനെ തേടി നടന്നിട്ട് അവസാനം ഭഗവാൻ തന്നിൽ തന്നെ ഉണ്ട് മൂക്കത്ത് കണ്ണാടി വെച്ചിട്ട് സകലടത്തും തരയും കണ്ണാടിയെ ആ കണ്ണാടിയിലൂടെ തന്നെ കണ്ണാടിയെ തരയും കണ്ണാടി എവിടെ എന്നിട്ട് ആരെങ്കിലുമൊക്കെ കാണിച്ചു തരണം മൂക്കത്ത് കണ്ണാടി ഉണ്ടല്ലോ എന്ന് കാണിച്ചു തന്നാൽ ഓ തൊട്ടു നോക്കുമ്പോ ഇവിടെ തന്നെയുണ്ട് അതുപോലെ ഈശ്വരൻ തന്നെ അവസാനം പറയണോ ഞാൻ ആത്മാവാണ് സാക്ഷാത് ശ്രീകൃഷ്ണൻ തന്നെ അർജുനനോട് പറഞ്ഞു അർജുന വിഭൂതികളെ ഒന്നും അന്വേഷിക്കേണ്ട അർജുനൻ ചോദിച്ചത് ഭഗവാനെ എവിടെ എവിടെയൊക്കെ ആകുമോ ഉള്ളത് അതാണ് വിഭൂതി പത്താം അധ്യായത്തിൽ ഇപ്പൊ ആദ്യത്തെ ആറ് അധ്യായം കർമ്മപ്രധാനം രണ്ടാമത്തെ ആറ് അധ്യായം ഭക്തി അതിന്റെ കൺക്ലൂഷനാണ് പന്ത്രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ ആറ് അധ്യായം ജ്ഞാനപ്രധാനം ഭക്തിയുടെ പരമകാഷ്ട എന്താണ് ഈശ്വര ദർശനം ഭക്തിയുടെ പരമകാഷ്ഠ ഭഗവാനെ കാണുക ഇപ്പൊ നമ്മൾ ഭക്തിയിൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ഭക്തി എന്ന് വെച്ചാൽ അത്യാവശ്യം അമ്പലത്തിൽ പോയി തിരിയൊന്ന് വഴിപാട് കഴിച്ചിട്ട് വരിക വളരെ ചുവട്ടിൽ നിന്നാ പറയണം കേട്ടോ അല്ലാതെ വളരെ ഉയർന്നു പോയവരിവിടെ ധാരാളമുണ്ട് സാധാരണ ഭക്തി എന്നുള്ളത് കാമ്യഭക്തിയാണ് അമ്പലത്തിൽ പോയി നമുക്ക് എന്തോ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഭഗവാനോട് പറഞ്ഞു അതും ഭക്തിയാണ് അതും വേണം അതിനൊന്നും നിഷേധിക്കണില്ല ആ ഭക്തിയും വേണം നമ്മൾ അല്ലെങ്കിൽ വേറെ ആരെ ആശ്രയിക്കും ലോകത്തില് നാട്ടിലുള്ള ആരെങ്കിലും അടുത്ത വീട്ടുകാരെയോ മനുഷ്യരെയോ ആശ്രയിക്കുന്നതിനേക്കാളും ആ സർവേശ്വരന്റെ അടുത്ത് പോയി നമ്മളുടെ കഷ്ടപ്പാടുകളൊക്കെ പറയണു പ്രാർത്ഥിക്കണു ആ വിശ്വാസമെങ്കിലും വന്നുവല്ലോ അമ്പലത്തിലുള്ള സ്വാമി പറഞ്ഞാൽ കേൾക്കും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അവിടെ പോയി പറയണത് ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല ഒരു മുത്തശ്ശി എപ്പോഴും ശിവൻകോവിലിൽ പോയി നിന്നിട്ട് ഭഗവാനോട് പറയൂ അത്ര ഭഗവാനെ ഇത്ര വയസ്സായി കഷ്ടപ്പെടുത്തുന്നുവല്ലോ എന്നെ ഒന്ന് കൊണ്ടുപോയിക്കൂടെ ചോദിക്കണം കുറേ ദിവസമായി പൂജാരിയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു ദിവസം ഈ പ്രാർത്ഥനയാണ് ഇത്ര വയസ്സായി എന്നെ കൊണ്ടുപോയിക്കൂടെ ഭഗവാനെ പൂജാരി ഒരു ദിവസം നിശ്ചയിച്ചു മുത്തശ്ശിക്ക് എത്ര കണ്ട് ഉറപ്പുണ്ടോ നോക്കണമല്ലോ ശിവലിംഗത്തിന്റെ പുറകിൽ ചെന്നിരുന്നിട്ട് അടുത്ത ദിവസം കറക്റ്റ് സമയത്തിന് മുത്തശ്ശി വന്നു പറഞ്ഞു ശിവനെ എന്നെ ഒന്ന് കൊണ്ടുപോയി കൂടെ ഇത്ര കാലമായി ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയണമല്ലോ അപ്പൊ ലിംഗത്തിന് പുറകെ നിന്നൊരു ശബ്ദം ഭക്ത ഭക്തെ പേടിക്കണ്ട കയറി വന്നോളൂ ഞാൻ സ്വീകരിച്ചോളാം തന്റെ ജീവിതത്തിലുള്ള ഞാനിതാ തന്നെ വിളിക്കണു കയറി വരൂ എന്ന് പറഞ്ഞു അത്രേ പറഞ്ഞ് അടുത്ത നിമിഷം ലിംഗത്തിന്റെ അവിടുന്ന് എത്തി നോക്കുമ്പോ മുത്തശ്ശി അവിടെ കാണാനേ ഇല്ല ഓടിയ ഓട്ടം അപ്പോ പ്രാർത്ഥന ആരംഭപടിയിൽ ഭഗവാന്റെ മുമ്പിൽ പോയി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും ചിലപ്പോ വിശ്വാസമില്ലാതെയായിരിക്കും പക്ഷെ ഇനിയിപ്പോ ഇതുപോലെ പൂജാരി ഒരുക്കെ പറ്റിച്ചതുകൊണ്ട് ഈശ്വരന് അവിടെ ഉണ്ടെന്നുള്ള കാര്യം നല്ല ഉറപ്പായി എങ്ങനെയെങ്കിലുമൊക്കെ അർച്ചാവതാരത്തിൽ ഭക്തി ഭാഗവതം അങ്ങനെയാണോ പറയുന്നത് മൂന്ന് തലത്തിൽ ഭക്തി ആദ്യം അമ്പലത്തിൽ ഭക്തി ഉണ്ടാവും എന്നാണ് അമ്പലത്തിലെ മൂർത്തിയിൽ ഭക്തി അർച്ചാമേവ ഹരകേ പൂജാം യശ്രദ്ധയേഹത്തെ നദ്ഭക്തേഷു ച അന്യേഷു സഭക്ത പ്രാകൃതസ്മൃത പ്രാകൃതഭക്തൻ എന്നാണ് ഉത്തമൻ മധ്യമൻ അധമൻ എന്നാണ് നമ്മൾ സാധാരണ പറയാം ഭാഷയില് പക്ഷെ ഭക്തിയില് അധമൻ ഇല്ല അതുകൊണ്ട് പ്രാകൃത ഭക്തൻ നഴ്സറി ക്ലാസ് ഉണ്ടല്ലോ അതുപോലെ ഭക്തി ആരംഭിക്കണം അപ്പൊ ആരംഭിക്കുമ്പോ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അർച്ചാമേവ ഹരയെ പൂജാമ്യ ശ്രദ്ധയേഹതേ അർച്ചനാമൂർത്തി അമ്പലത്തിലുള്ള മൂർത്തി ഉണ്ടല്ലോ അമ്പലത്തിലാണ് ഭഗവാൻ അതിൽ കൂടുതലൊന്നും ഭഗവാനെ അറിയില്ല അറിയുവും വേണ്ട ആ സ്റ്റേജിൽ അമ്പലത്തിലുള്ള മൂർത്തിയോടെ ശ്രദ്ധയുണ്ട് പൂജാം യ്രദ്ധയേഹത്തെ ശ്രദ്ധയോടെ അമ്പലത്തിൽ പോയി ഭഗവാനെ പൂജിക്കണം അത് ആദ്യത്തെ പടിയുന്നതാണ് പക്ഷെ മറ്റു ഭക്തന്മാരോട് കൂട്ടോ ഭഗവത് കഥകൾ കേൾക്കുകയോ ഭഗവാനെ അറിയണം എന്ന് ആഗ്രഹിക്കുകയോ നാമം ജപിക്കുകയോ സങ്കീർത്തനം ചെയ്യുകയോ ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കുകയോ ഇതൊന്നും ഉണ്ടാവില്ല അമ്പലത്തിൽ പോവും അമ്പലത്തിലെ ശ്രദ്ധയോടെ പൂജിക്കും ശ്രദ്ധയോടെ പൂജിക്കണതേ വലിയ കാര്യം കാരണം അതേയില്ല ചില പൂജിക്കണവരെ കണ്ടാൽ സ്വാമി വിറയ്ക്കും അത്ര പിടിച്ചിട്ട് പൂജിക്കാൻ ഇയാൾ ഉള്ളിലേക്ക് കയറുമ്പോ ദേവൻ വിറയ്ക്കും എന്നാണ് കുളിച്ചു കുറ്റിത്തലയും കുടഞ്ഞ് അമന്ത്രകുംഭം ചൊരിയുന്ന നേരം വിറച്ചു ദേവൻ ചുവരോടലച്ചു നീരോവിലൂടെ ഗവനഞ്ചകാരാണ് ഇയാൾ കുളിച്ചിട്ട് കുറ്റിത്തലയും കുറഞ്ഞ് എന്നുവെച്ചാൽ പൂജാരിക്കൊരു ശിക വേണം അതില്ല അത്രയും അപ്പൊ കുറ്റിത്തലയും കുറഞ്ഞ് അമന്ത്രകുംഭം മന്ത്രമൊന്നും അറിയില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം പൊക്കിക്കൊണ്ടുവന്നു കൊടത്തല്ല അമന്ത്രകുംഭം ചൊരിയുന്ന നേരം വിറച്ചു ദേവൻ ശ്രീകോവില് ദേവൻ വിറച്ചു അത്രയും എന്നിട്ട് ചുവരോടലച്ചു ഇയാളുടെ മേലെ എങ്ങും സ്പർശിക്കാതിരിക്കാൻ വേണ്ടി ചുവരോട് ചേർന്നു എന്നിട്ട് നീരോവിലൂടെ ഗമനഞ്ചകാരാങ് ആ വെള്ളം പോണ ചാലിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത്രേ ഇയാൾ വരണ വഴി കൂടി വരാൻ പേടിച്ചിട്ട് അപ്പൊ അത്രത്തോളം വേണ്ട ശ്രദ്ധയുണ്ട് അർച്ചിക്കണ മൂർത്തിയിൽ പൂജിക്കണ മൂർത്തിയിൽ ശ്രദ്ധയുണ്ട് ന തദ് ഭക്തേഷു അന്വേഷും ഭക്തന്മാരോടോ ഭക്തിയില്ലാത്തവരാണെങ്കിലും മറ്റുള്ളവരോടോ ഒരു ബഹുമാനമോ സമഭാവമോ ഒന്നുമില്ല സഭക്ത പ്രാകൃതസ്മൃത പ്രാകൃത ഭക്തൻ എന്നാണോ പറഞ്ഞത് ഭഗവാൻ ഇനി ഭക്തി കുറച്ചുകൂടെ മേലെ പോകുമ്പോ മധ്യമ ഭക്തിയായിട്ട് തീരും മധ്യമ ഭക്തി എന്ന് ഭക്തി ഒന്ന് ദൃഢമായി മനസ്സൊന്ന് ഏകാഗ്രപ്പെട്ടു അല്പം നാമം ജപിക്കാനൊക്കെ തുടങ്ങി നാമം ജപിക്കാൻ തുടങ്ങാന്നുള്ളത് വലിയൊരു സ്റ്റേജാണ് നമ്മളെല്ലാരും നാമജപത്തിനെ വളരെ ലളിതമായിട്ട് പറയുന്നുണ്ട് ഭാഗവതക്കാരൊക്കെ പറയുന്നുണ്ട് നാമം ചൊല്ലിയാൽ മതി കലിയിലെല്ലാം കിട്ടും പക്ഷെ ചൊല്ലണവർ വളരെ കുറവാണ് കാരണം നാമം ജപം എന്നുള്ളതും അത്ര എളുപ്പമൊന്നുമല്ല ഭഗവാൻ പത്താം അധ്യായത്തിൽ പറഞ്ഞു യജ്ഞാനാം ഈ പത്താം അധ്യായം കേട്ടിട്ടുള്ളതിൽ രണ്ടേ രണ്ട് കാര്യം ഓർമ്മിച്ചാൽ അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത യജ്ഞാനാം ജപയജ്ഞോസ്മി ഈ രണ്ട് കാര്യമുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനെ കയ്യിൽ കിട്ടും ഈശ്വരൻ പുറത്തെവിടെയുമല്ല ഈശ്വരൻ നമ്മളുടെ ഹൃദയസ്ഥാനത്തിൽ ോധമായിട്ട് ആത്മാവായിട്ട് ഉണ്ട് എന്നുള്ളത് ആദ്യമറിയാം എന്നിട്ട് ഈശ്വരൻ എങ്ങനെ സാക്ഷാത്കരിക്കും ഏതെങ്കിലും ഒരു നാമം എടുത്ത് നിരന്തരം ജപിക്കാം നിരന്തരം എന്ന് വെച്ചാൽ നിരന്തരം ആദ്യമൊക്കെ ഉറക്കെ ജപിക്കാം പിന്നെ പതുക്കെ നാക്കുമാത്രം ചലിപ്പിച്ച് നാവ് മാത്രം ചലിപ്പിച്ച് ജപിക്കാം പിന്നെ മാനസിക ജപം ചെയ്യാം ക്രമേണ മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കും മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കുമ്പോൾ ഭഗവാനെ എവിടുന്നു കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഉള്ളിൽ തന്നെ പ്രകാശിക്കും അപ്പോ ജപം ചെയ്യ എന്നുള്ളത് മധ്യമ ഭക്തിയാണ് പ്രാകൃതമായ ഭക്തി പോയി അമ്പലത്തിൽ മൂർത്തിയെ കാണുന്നു പിന്നെയിപ്പൊ കണ്ടു തൊഴുതാ മാത്രം പോരാ അല്ലാത്ത സമയത്തും ഭഗവാനെ ഒന്ന് ഓർക്കണം എന്ന് തോന്നണം ഭഗവാനെ ഒന്ന് സ്മരിക്കണം തോന്നുന്നു പൂജയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അത് കുറച്ചു നേരമേ പറ്റുള്ളൂ ഇപ്പൊ ബസ്സിൽ പോകുമ്പോഴും നടക്കുമ്പോഴും വ്യവഹരിക്കുമ്പോഴും ഒക്കെ ഒന്ന് സ്മരിക്കണം തോന്നണം അതിന് എളുപ്പ എന്താ ഏതെങ്കിലും ഒരു നാമം ഭഗവാന്റെ നിരന്തരം ജപിക്കണം ജപം ചെയ്യുമ്പോ ഭഗവാൻ എവിടെയോ അമ്പലത്തിലുണ്ട് എന്നല്ല അഹമാത്മാ ഗുഢാകേശ ഹൃദയത്തിലെ ആത്മാവായി ഭഗവാൻ ഉണ്ട് എന്നുള്ള നല്ല അറിവ് അത് ഈശ്വരേ ഭക്തിഹി അതിനോടൊപ്പം വേറെ ഒരു കാര്യം ഭഗവത് ഭക്തന്മാരെ കാണുമ്പോ ഒരു മൈത്രിഭാവം ഇവരൊക്കെ നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് കാണുമ്പോൾ ഒരു സന്തോഷം ഭക്തന്മാരെ കാണുമ്പോൾ ഒരു സന്തോഷം അവരോട് ഭഗവത് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്മരന്ത സ്മാരയന്തശ മിതോ അഘോഗഹരം ഹരിം ഭക്യാ സഞ്ജാതയാ ഭക്യാത്പുളകാന്തനും സ്വയം സ്മരിക്കും ഭഗവാനെ തനിച്ചിരിക്കുമ്പോ സ്മരിച്ച് ആനന്ദിക്കും മനസ്സ് നിരന്തരം ജപം ചെയ്ത് പഠിച്ചാൽ അലയാത മനസ്സ് ആ നാമത്തിൽ തന്നെ നിൽക്കും അങ്ങനെ ചിത്തവൃത്തികളൊക്കെ കുറയുമ്പോ തന്നെ ശാന്തി ഉണ്ടാവും ഈശ്വരനും നമുക്കും നടുവിൽ നിൽക്കണ ഒരേ സാധനമേ ഉള്ളൂ മനസ്സ് ആ മനസ്സിലെ ചിത്തവൃത്തികളൊക്കെ കുറഞ്ഞു മനസ്സിലെ ചിത്തവൃത്തികൾ വിചാരങ്ങൾ അല്പമൊന്ന് കുറഞ്ഞാൽ തന്നെ ശാന്തി ഉണ്ടാവും വിചാരങ്ങൾ നല്ലവണ്ണം നേർത്തുവരുംതോറും ശാന്തി അധികമായിക്കൊണ്ടേയിരിക്കും വിചാരങ്ങളെ നനച്ചാൽ നിലച്ചാൽ ശാന്തി ആത്മാവിന്റെ സ്വരൂപം പ്രകാശിക്കും അപ്പോ നമുക്കിപ്പോ ആത്മവിചാരമോ മറ്റൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും എളുപ്പമായിട്ടുള്ള വഴി എന്താന്ന് വെച്ചാൽ യജ്ഞാനാം ജപയജ്ഞോസ് ഏതെങ്കിലും ഒരു നാമം ഇപ്പൊ വിചാരമൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും വേണ്ട മനസ്സിന് സമാധാനവും ഇല്ലെങ്കിൽ എളുപ്പമായിട്ടുള്ള വഴി മനസ്സിൽ വിചാരം വരാതിരിക്കാന്ന് നോക്കണം വിചാരമാണ് ശാന്തിക്ക് വിരോധി മനസ്സമാധാനം നമ്മൾ പറയേണ്ടല്ലോ അത് തെറ്റായ വാക്കാണ് സമാധാനമുള്ളടത്ത് മനസ്സില്ല മനസ്സുള്ളിടത്ത് സമാധാനമില്ല മനസ്സെന്ന് വെച്ചാൽ തന്നെ വിചാരങ്ങൾ വിചാരമില്ലാതിരിക്കാൻ ഒരു വഴി ആദ്യത്തെ പടി ഏകാന്തത്തിലിരുന്ന് ഉറക്ക ജപിക്കുക ഉറക്ക ജപം ചെയ്യാം വൈഖരി ജപം ഉറക്ക ജപം ചെയ്യാം ക്രമേണ ഇപ്പോ ജപസാധനയെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി വേണമെന്നുള്ളവർക്ക് ജപയോഗ സുധാനിധി എന്നൊരു പുസ്തകം ഇവിടെയൊക്കെ വേണമെന്നുള്ളവരിവിടെ പറഞ്ഞാൽ കുറച്ച് പുസ്തകം സ്റ്റോക്ക് ഉണ്ട് ജപത്തിന്റെ പല സമ്പ്രദായങ്ങളും ജപിക്കാനുള്ള മാർഗങ്ങളുമൊക്കെ ഒരു നൂറ്റി പതിനഞ്ച് ശ്ലോകങ്ങളിലായിട്ട് ഇംഗ്ലീഷ് വ്യാഖ്യാനത്തോടെ അത് പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഒരു ആദ്യത്തെ പ്രിന്റൊക്കെ തീർന്നുപോയി ഇനി കുറച്ചേ ഉള്ളൂ അതിപ്പോൾ തൃശൂർ രമാദേവി മന്ദിരം കൃഷ്ണൻ വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അത് മലയാളത്തിലും വരും ത് സംസ്കൃതത്തിലാണ് അതിൽ ഈ ജപത്തിന്റെ എല്ലാ സമ്പ്രദായവും നമ്മൾ ഏറ്റവും എളുപ്പം എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ നാമജപം അതിന് തന്നെ നമുക്ക് ഉന്നതമായ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കാൻ കഴിയും ജപം ഒന്നു മാത്രം മതി അത് തന്നെ നമ്മളെ ആത്മാനുഭവത്തിൽ എത്തിക്കും പലരും ഒരു നാമം ഉപദേശം കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ ഏറ്റവും വടക്കേ ഇന്ത്യയിലുണ്ടായ സന്ധുക്കളിലും ിൽ വളരെ പ്രസിദ്ധനാണ് കബീർദാസ് ഹിന്ദിയിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ കബീറിന്റെ ദോഹ പാട്ടുകളൊക്കെ ധാരാളമുണ്ട് കബീർദാസ് അദ്ദേഹത്തിന്റെ ജനനത്തിനെക്കുറിച്ച് ആർക്കും അറിയില്ല പക്ഷെ എടുത്തു വളർത്തിയത് ഒരു മുസ്ലിമാണ് കാശിയിലാണ് അദ്ദേഹം വളർന്നത് കാശിയിൽ സ്വാമി രാമാനന്ദൻ എന്നൊരു സന്യാസി ഉണ്ടായിരുന്നു ആ രാമാനന്ദന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു അദ്ദേഹം ധാരാളം പേർക്ക് രാമനാമം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് നാമം ഉപദേശിച്ചു കിട്ടാൻ വേണ്ടി കബീർ പലവട്ടം രാമാനന്ദന്റെ ആശ്രമത്തിൽ ചെന്ന് നിന്നു പക്ഷെ അകത്ത് കടത്തില്ല അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് ശിഷ്യന്മാരാരോ അകത്തേക്ക് കടത്തിയില്ല കബീറിനാണെങ്കിൽ മനസ്സുകൊണ്ട് രാമാനന്ദ സ്വാമിയെ ഗുരുവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു അപ്പൊ അദ്ദേഹം ഒരു പണി ചെയ്തു ഗംഗയിലേക്ക് രാമാനന്ദൻ കുളിക്കാൻ വരിക രാവിലെ നാലുമണിക്ക് ഇരുട്ട് അപ്പൊ ഗംഗയിൽ പടികളുണ്ട് ഗംഗയിൽ ഇറങ്ങാനുള്ള ഒരു പടിയില് കബീര് നീണ്ടു നിവർന്ന് കടന്നു രാമാനന്ദ സ്വാമി ഇറങ്ങുന്ന സ്ഥലത്ത് കടന്നു ഇദ്ദേഹം ഇരുട്ടത്ത് വന്ന് ഇറങ്ങിയ ആള് കാല് വലത് കാല് കബീറിന്റെ തലയിൽ വെച്ചു വെച്ച ഉടനെ ചവിട്ടി ഉടനെ മനസ്സിലായി ആരോ കടക്കണമെന്ന് മനസ്സിലായി രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ട് കാലെടുത്തു ഉടനെ ആ കാല് തൊട്ട് ശിരസിൽ വെച്ചുകൊണ്ട് കബീര് സന്തോഷമായിട്ട് പറഞ്ഞു തന്നെ എനിക്കിന്ന് ദീക്ഷ കിട്ടിയിരിക്കണം അങ്ങയുടെ അടുത്ത് നിന്ന് രാമനാമ ഉപദേശം കിട്ടണമെന്ന് കുറെ കാലമായി ഞാൻ അറിഞ്ഞു നടക്കുന്നു എന്നെ ആരും അകത്തേക്കേ വിട്ടില്ല ഇന്നത് അങ്ങ് പാദ ദീക്ഷയോടെ നാമ ഉപദേശം കാല് ശിരസിൽ വെച്ച് നാമം ഉപദേശിച്ചിരിക്കും എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞ സന്തോഷത്തിനു അതിനുശേഷം മതി കബീർ പിന്നെ അധികോപദേശം ഈ നല്ല പക്വമാണെങ്കിൽ കൽപ്പൂരമാണെങ്കിൽ കൊളുത്തും പുളയ്ക്കും പിടിക്കും വിറകാണെങ്കിൽ അല്പം ഈരനുവാണെങ്കിൽ ഒന്ന് ഉണക്കിയിട്ട് പിടിപ്പിക്കണം ആണെങ്കിൽ രക്ഷില്ല അതുപോലെയാണ് ഈ ജീവന്മാരേ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഉപദേശം കിട്ടിയാൽ മതി രക്ഷപ്പെട്ടോളൂ യാഥാതഥ്യോപദേശേന കൃതാർത്ഥ സത്വബുദ്ധിമാൻ ആജീവമപ്പി ജിജ്ഞാസുഹു പരത്തത്ര വിമുഖ്യതീ കഷ്ടാവക്കരം പറയണത് നല്ല പക്വമതിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം കിട്ടിയാൽ അത് പിടിച്ച് രക്ഷപ്പെട്ടു വേറെ ചില ആളുകളുണ്ട് ജീവിതം മുഴുവൻ സംശയമാണ് ചോദിച്ചുകൊണ്ടേയിരിക്കും സംശയം തീരുകയില്ല ഒരു സംശയം തീർന്നാൽ വേറെ ഒരു സംശയം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ഈശ്വരന് കയ്യിൽ കിട്ടണമെങ്കിൽ ഈശ്വരൻ വളരെ സുലഭൻ ഈശ്വരനെ പോലെ സുലഭമായിട്ടുള്ള ഒരു വസ്തുല്ല കാരണം ഉള്ളത് ഈശ്വരനാണേ ബാക്കിയുള്ളതൊക്കെ ഇല്ലാത്തതാണ് ഉള്ള വസ്തുവിനെ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ട് എളുപ്പമായിട്ടുള്ള മാർഗമാണ് നാമജപം നമ്മൾ ഇന്നലെ ഇപ്പോ ധാരാളം സാധനയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഓരോ സ്റ്റേജസ് ആയിട്ട് പറഞ്ഞു എങ്ങനെ ഓരോ സ്റ്റേജായിട്ട് വരുന്നു ഓരോ ദർശനങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു ധ്യാനം എങ്ങനെ ആഴപ്പെടുന്നു എങ്ങനെ പല വിധത്തിലും ഈ ജീവൻ യോഗതലത്തിൽ പുരോഗമിച്ചു പോകണൂ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇതൊക്കെ തന്നെ നിരന്തര ജപം ഉണ്ടെങ്കിൽ എല്ലാം അനുഭവത്തിൽ വരും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ജപമുണ്ടെങ്കിൽ അതാണ് പത്താം അധ്യായത്തിൽ യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറഞ്ഞിട്ടാണ് പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപം കാണിക്കുന്നത് ജപയജ്ഞം ജപം യജ്ഞമാവണമെങ്കിൽ ഒരു ദിവസം ജപിച്ചു പിന്നെ അടുത്ത വർഷം ഇതേ ഡേറ്റിൽ ജപിച്ചാൽ പോരാ ജപം നിരന്തരം നിരന്തരമാവാനൊരു വഴിയാണ് ഒരു നൂറ് ദിവസം അടുപ്പിച്ച് ജപിക്കും എന്നൊരു വ്രതമെടുക്കാം ഒരു നാൽപ്പത് ദിവസം അടുപ്പിച്ച് ജപിക്കും എന്നൊരു വ്രതമെടുക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്രതമെടുത്ത് ജപിക്കണം ആഹാരത്തിനെയൊക്കെ നിയന്ത്രിച്ച് ജപിക്കണം പ്രായോഗികമായിട്ടുള്ള കാര്യമാ പറയണതിപ്പോ ജപം ചെയ്യാനുള്ള വഴിയാണോ പറയണം പ്രായോഗികമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കണം എന്തോ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് അതിനും ഗുണമുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന ജപം ശരിക്കും ജപയോഗമാവണമെങ്കിൽ ഒരു സംഖ്യ നിശ്ചയിച്ച് അല്ലെങ്കിൽ ഒരു സമയം നിശ്ചയിച്ച് ക്ലിപ്തമായിട്ട് ഇരുന്ന് കുറച്ചു ദിവസം വിടാതെ അനുഷ്ഠിക്കണം അങ്ങനെ അനുഷ്ഠിച്ചാൽ മനസ്സിൽ നമുക്കിപ്പോ ഉള്ള ദൗർബല്യങ്ങൾ ദൗർബല്യങ്ങളൊക്കെ ക്ഷയിച്ച് മനസ്സിന് നമ്മളുടെ പിടിയും കുറഞ്ഞ് മനസ്സ് എന്ന് പറയുന്ന ആ സാധനം തന്നെ അവിടുന്ന് ദ്രവിച്ചു പോവും ആ മനസ്സ് എന്ന് പറയുന്ന ആ ചിത്തവൃത്തികളുടെ കൂട്ടം ഉള്ള സ്ഥാനത്ത് മറ്റൊന്നും പ്രകാശിക്കും നമ്മൾ ഇത്ര അനുഭവിക്കാത്ത മറ്റൊന്ന് പ്രകാശിക്കും ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് മനസ്സാണല്ലോ ഉള്ളിൽ അനേക വിചാരങ്ങളായി പൊന്തി വന്നുകൊണ്ടിരിക്കുന്ന ആ മനസ്സ് എവിടെ അടങ്ങുന്നുവോ അതാണ് ശിവൻ ശ്മശാനത്തിലുണ്ടെന്ന് പറയുന്നത് ഏത് ശ്മശാനത്തിൽ വെച്ചാൽ മനസ്സിനെ കത്തിക്കുന്ന ശ്മശാനത്തിൽ ശിവനുണ്ട് മനസ്സ് ഹൃദയത്തിൽ എരിഞ്ഞടങ്ങിയാൽ ആ എരിഞ്ഞടങ്ങുന്നിടത്ത് ശിവൻ നർത്തനം ചെയ്യും ടനവും ചെയ്യും ആത്മസ്വരൂപിയായി ഭഗവാൻ അവിടെ പ്രകാശിക്കും അങ്ങനെ മനസ്സ് അടങ്ങി ചിത്തവൃത്തികളൊക്കെ അടങ്ങി ആത്മാവിനെ ഹൃദയത്തിൽ ദർശിച്ച് സ്വരൂപത്തിൽ ദർശിച്ചു അതിനെയാണ് ഭക്തിയുടെ ഒക്കെ പരമകാഷ്ടം ഭക്തിയുടെ ആദ്യത്തെ പടി പറഞ്ഞു അമ്പലത്തിൽ മാത്രം കാണുന്നു രണ്ടാമത്തെ പടി ഭഗവാനിൽ ഭക്തി ഭക്തന്മാരോട് ഒരു മൈത്രിഭാവം ഭക്തിയില്ലാത്തവരെ കണ്ടാൽ ഒരു വിഷമം ഇവർക്കും വരില്ലേ അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിൽ ഉള്ളതുകൊണ്ടാണ് പലരും ലോകത്തിലെ സേവാ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ തുടങ്ങുന്നത് ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഭക്തി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഭക്തി ഇല്ലാത്തവരെ കണ്ട ഉപേക്ഷ അവരെത്ര ദ്രോഹിച്ചാലും എന്തൊക്കെ വിഷമിപ്പിച്ചാലും അവരോട് വെറുപ്പൊന്നുമില്ല ഉപേക്ഷ ഇത് രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജിൽ ഈ സേവാപ്രവർത്തനം ഒന്നും ഉണ്ടാവില്ല എന്താന്ന് വെച്ചാൽ ഇവിടെ ആരാരെ സേവിക്കാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ സർവഭൂതേഷു എപ്പശ്യേത് ഭഗവത്ഭാവം ആത്മനാഹ ഭൂതാനി ഭഗവതി ആത്മനിഷാഗവതോത്തമാർഭൂതങ്ങളിലും ഭഗവാൻ സർവഭൂതങ്ങളിലും സർവത്ര ഭഗവാൻ നിൽക്കണു ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല എല്ലാരെയും ചേഷ്ടിപ്പിക്കുന്നതും ചലിക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെ അങ്ങനെ ഭഗവാനെ കാണുമ്പോ ഭക്തിയുടെ പരമ കാഷ്ട ജ്ഞാനം അതുകൊണ്ടാണ് ഇപ്പോ തത്വജ്ഞാനം ഉണ്ടായ അർജുനൻ ഭഗവാനോട് ചോദിച്ചത് ഭഗവാനെ എല്ലാം അവിടുന്ന് ആണെന്നുള്ളത് യുക്തി കൊണ്ട് മനസ്സിലാക്കി ഇനി എനിക്കൊന്ന് കാണണം അതാണല്ലോ ഇപ്പൊ വിശ്വരൂപദർശനം വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം വിശ്വസ്മൈന മഹാന विश्व विष्णु भूतभव्यभवत्भु आम आष्क नोकिया विश्व एंजा प्रपंचमे भगवा विष्णु ए का प्रपंच व्याप्च भगवा आ भगवा आरान भूतभव्यभवत्भु भावी भूत वर्तमान एला प्रभुन अटंगी അങ്ങനെയുള്ള ആ സർവേശ്വരന് ആ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ കാണണം പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ സ്വരൂപമായിട്ട് കാണണം ഇതാണ് അർജുനന്റെ ആഗ്രഹം അങ്ങനെ കാണിച്ചു കൊടുക്കാൻ കാണാൻ ഇതിനെക്കുറിച്ച് അർജുനൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ദർശനമുണ്ട് അല്ലെങ്കിൽ ചോദിക്കില്ലല്ലോ ഭഗവാനായിട്ട് എവിടെയും പറഞ്ഞില്ല ഇങ്ങനെ ഒരു വിശ്വരൂപ ദർശനം ഞാൻ കൊടുക്കാറുണ്ടെന്നൊന്നും പറഞ്ഞില്ല അർജുനനായിട്ട് ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ദ്രഷ്ടിച്ചാമിത്തെ രൂപം ഐശ്വരം പുരുഷോത്തമ ഈശ്വരസ്വരൂപമായിട്ടുള്ള അങ്ങേ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അവിടുത്തെ സ്വരൂപം കാണണം എന്നെനിക്ക് മോഹമുണ്ട് മന്യസെ എതി തത് ശക്യുമ്രഷ്ടും ഇതി പ്രഭോ യോഗേശ്വര തോമേത്വം ദർശയ ആത്മാനം അവ്യയം ഗുരുവിനോട് വളരെ വിനയത്തോടുകൂടെ വേണം ചോദിക്കാം ഭാഗവതത്തിൽ ധാരാളം സന്ദർഭങ്ങൾ എങ്ങനെ വരും ഒരാള് ഒരു ഗുരുവിനോട് ചോദിക്കുന്നതായിട്ട് ചോദിക്കുമ്പോഴൊക്കെ എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ എനിക്ക് കേൾക്കാൻ യോഗ്യത ഉണ്ടെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ പറയാം എന്താന്ന് വെച്ചാൽ ഒരു ശിഷ്യന് എത്ര കണ്ട് യോഗ്യതയുണ്ടോ ശിഷ്യൻ നിരൂപണം ചെയ്യാൻ പാടില്ല ഗുരു വേണം നിരൂപണം ചെയ്യാൻ സ്വയം അങ്ങോടെ യോഗ്യതയുണ്ടോ എന്ന് അങ്ങോട്ട് കൽപ്പിക്കാൻ പാടില്ല അങ്ങനെ കൽപ്പിച്ചാൽ യോഗ്യതയില്ല ഇവിടെ അർജുനൻ തന്നെ അങ്ങോടെ സ്വയം നിരൂപണം ചെയ്തില്ല ഭഗവാനോട് പറയാ എനിക്ക് യോഗ്യത ഉണ്ടെന്ന് അവിടുത്തേക്ക് തോന്നുകയാണെങ്കിൽ കാണിച്ചു തരാം അത് കാണാനുള്ള കെൽപ്പ് ബലം എനിക്കുണ്ടെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ കാണിച്ചു തരാം അപ്പോഴാണ് ഭഗവാൻ ഇല്ലാത്ത സ്ഥലത്ത് ചിലപ്പോ കാണിച്ചു കൊടുത്താൽ ഒന്നില് പേടിക്കും അല്ലെങ്കിൽ വിശ്വസിക്കില്ല പല കുഴപ്പങ്ങൾ കൃഷ്ണന് തന്നെ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അബദ്ധമല്ല ഭഗവാൻ ദുര്യോധനം കാണിച്ചു കൊടുത്തു വിശ്വരൂപം ഭഗവാൻ ദൂതിന് പോയപ്പോ പാണ്ഡവര് പറഞ്ഞേ കൌരവ സദസ്സിൽ ദൂതിന് പോയി ദൂതിന് പോകുമ്പോ കുഞ്ഞതമ്പിയാരുടെ ഭഗവത് ദൂത് ഓട്ടംതുള്ളൽ പഠിച്ചിട്ടുള്ളവർക്ക് ഓർമ്മ വരും സന്ദർഭം ദുര്യോധനൻ എല്ലാരോടും ശട്ടം കെട്ടിവെക്കുകയാണ് ആരും കൃഷ്ണൻ വരുമ്പോൾ എഴുന്നേക്കരുത് കൃഷ്ണനെ അപമാനിക്കണം ഇതൊക്കെ ശശം കെട്ടിവെച്ചിട്ടാണ് ആ സദസ്സിൽ ഭഗവാൻ വരുമ്പോ ദുര്യോധനൻ അടക്കം സകല പേര് എഴുന്നേറ്റ് തോന്നുന്നു എന്നിട്ട് ഭഗവാൻ ഉപദേശിച്ചു നമുക്കതൊക്കെ അറിയാം ഭഗവത് ദൂതിന് വന്ന് ഉപദേശിച്ചു പാണ്ഡവർക്ക് ഭൂമി കൊടുക്കാനായിട്ട് സൂചി കുത്താനുള്ള സ്ഥലം പോലും തരില്ല എന്ന് ദുര്യോധനം പറഞ്ഞു അപ്പോ വിദുരൻ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ധുതരാഷ്ട്രരോട് ധൃതരാഷ്ട്രർ ചോദിച്ചു ഭഗവാനോട് ഞാൻ എന്താ ചെയ്യേണ്ടതാന്ന് ചോദിച്ചു തങ്ങ അങ്ങയുടെ ഈ പുത്രനെ പിടിച്ച് കെട്ടിയിടാന്ന് പറഞ്ഞു കൃഷ്ണൻ ഇത് കേട്ട് കോപിച്ച ദുര്യോധനൻ ഉടനെ പുറമേക്ക് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി തന്റെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു കൃഷ്ണനെ ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ കെട്ടിയിടണം ആദ്യമേ തീരുമാനിച്ചതാണ് കൃഷ്ണൻ വരുന്നതിനു മുമ്പേ പറഞ്ഞു ആ യാദവനെ ഇവിടെ കെട്ടിയിടണം അപ്പൊ ഭീഷ്മര് ദുര്യോധനനോട് ചോദിച്ചു തനിക്ക് സൂര്യ വെളിച്ചത്തിനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുമോ അതുപോലെ ഈ കാര്യം ആലോചിക്കുകയരുതെന്ന് പറഞ്ഞതാ ഇപ്പോ രണ്ടും കൽപ്പിച്ച് കോപിച്ച ആള് കെട്ടിയിടാനായിട്ട് ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു അപ്പോഴാണ് ദുര്യോധനന്റെ മുമ്പില് ഈ വിശ്വരൂപ പ്രദർശനം ദുര്യോധനടക്കം സകല പേരും അതിലുണ്ട് പ്രപഞ്ചം മുഴുവൻ തന്നിലുള്ളതായിട്ട് ദുര്യോധനന്റെ മുമ്പിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു താൻ വിചാരിച്ചിരിക്കാണോ ഞാൻ തനിച്ചാണെന്നോ ഭാഗികമായിട്ടേ അർജുനന് കാണിച്ചു കൊടുത്ത പോലെയല്ല ഭാഗികമായിട്ടാണ് കാണിച്ചു കൊടുത്തത് ഇതാ അന്ധകന്മാരും വൃഷ്ണികളും ഭോജവംശജരും യാദവന്മാരും മുഴുവൻ എന്റെ കൂടെ മാത്രമല്ല കൗരവ സൈന്യത്തിന് മുഴുവൻ വിഴുങ്ങുന്നതായിട്ടൊരു ദർശനം ഇത് കാണിച്ച് തൽക്കാലം ദുര്യോധനൻ ഒന്ന് വരണ്ടൂ കൃഷ്ണൻ പോയ ഉടനെ ദുര്യോധനം പറഞ്ഞു മാജിക് ഇന്ദ്രജാല ദുര്യോധനൻ ദുര്യോധനന് പ്രയോജനപ്പെട്ടില്ല വിശ്വരൂപം കണ്ടിട്ടും ബുദ്ധി അശുദ്ധമാണെങ്കിൽ അത് എടുക്കേണ്ടിടത്ത് എടുക്കാൻ പറ്റില്ല ഒരു ദർശനം കിട്ടുന്നതൊന്നും വലിയ കാര്യമില്ല ദർശനം കിട്ടിയിട്ട് അതിന് സ്വീകരിക്കാനുള്ള പക്വത ഉണ്ടാവണം അത് ദുര്യോധനൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അർജുനൻ ചോദിക്കേണ്ടത് എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കണില്ല ശരിയായ ഭക്തന്മാർക്ക് ഈ വിശ്വരൂപം കാണണമെന്നൊന്നുമില്ല ഇങ്ങനെ വിശ്വരൂപം ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒക്കെ ഭഗവാനാണെന്ന് ഗുരുവാക്യം കൊണ്ട് കേട്ടാതന്നെ കുറയ്ക്കും പിന്നെ അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ വേണ്ടിയാണ് നമുക്കിവിടെ ഇരുന്ന് ഇതൊന്നുകൂടെ ദൃഢമാവാൻ വേണ്ടിയിട്ടാണ് അവിടെ ഭഗവാൻ അർജുനനോട് പറയുകയാണ് ഇതാ കണ്ടോളും തനിക്ക് എന്തൊക്കെ കാണണമോ കണ്ടോളൂ കാര്യം അതായത് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കാം എന്നല്ല താൻ എന്തൊക്കെ ഇച്ഛിക്കണമോ അതൊക്കെ എനിൽ കണ്ടോളൂ എന്നുവെച്ചാൽ അർത്ഥം എന്താന്ന് വെച്ചാൽ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ എന്താ നിശ്ചലമായ ബോധത്തില് നാമരൂപങ്ങൾ ഉദ്ഭവിക്കുന്നതാണ് പ്രപഞ്ചം നിശ്ചലമായ ബോധത്തില് അതായത് സ്വപ്നം സ്വപ്നം എങ്ങനെ ഉണ്ടാവണം സ്വപ്നം ഉണ്ടാവാൻ കാരണമെന്താ ഒരു കാരണവുമില്ല ഋതേ അർത്ഥം യത് പ്രതീയേതാന പ്രതീയേത ആത്മനി തദ്വിദ്യാ ആത്മനോ ആയാം യഥാഭാസോ യഥാതമ ഒരർത്ഥമില്ലാതെ എന്തൊക്കെയോ തോന്നുന്നു സ്വപ്നത്തിൽ അല്ലെ അതുപോലെയാണ് ഈ പ്രപഞ്ചവും വെറുവൊരു സ്വപ്നം ഒരു കിനാവ് നീണ്ടു നിൽക്കുന്ന സ്വപ്നം ദീർഘസ്വപ്നം ഈ സ്വപ്നം എങ്ങനെ ഉദ്ഭവിച്ചു എങ്ങനെ ഉദ്ഭവിച്ചു ചോദിക്കാൻ പാടില്ല ആർക്കുദ്ഭവിച്ചു ആർക്കുദ്ഭവിച്ചു ഈ പ്രപഞ്ചത്തിനെ ആര് കാണുന്നു ഞാൻ കാണുന്നു ഈ കാണുന്ന ഞാൻ ആര് എന്റെ സ്വരൂപം എന്താണ് ഞാനാണല്ലോ ഈ പ്രപഞ്ചത്തിനെ കാണുന്നത് ഈ കാണുന്ന ഞാനാര് ഈ ചോദ്യം ചോദിക്കാത്തിടത്തോളം പ്രപഞ്ചം എന്ന് പറയണത് ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നമായിട്ട് നിൽക്കും ചോദ്യം ഈ പ്രപഞ്ചത്തിനെ വിട്ട് പ്രപഞ്ചത്തിനെ കാണുന്ന ആളിലായാൽ കാണുന്ന ആളാരെന്ന് ചോദിച്ചു തുടങ്ങിയാൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ചിത്രം തന്നെ മുമ്പ് മാഞ്ഞു പോവും പക്ഷേ ഇപ്പൊ അർജുനം കാണണം എന്നാണ് തനിക്ക് കാണണം അപ്പൊ അർജുനനോട് ഭഗവാൻ പറഞ്ഞു എന്തൊക്കെ വേണോ കണ്ടോളൂ എന്തൊക്കെ ഇച്ഛിക്കണോ കണ്ടോളൂ ആദ്യം ഒന്ന് വർണ്ണിച്ചു കൊടുത്തു ശ്രീ ഭഗവാൻ ഉവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശ നാനാവിധാനി ദിവ്യനി നാനാവർണാകൃതീനിച്ച് പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ ശബ്ദമേലേ ഞാൻ തനിയെ പറയാം കൊടുവായിരുദ്രകാലം ഗീതായജ്ഞം വെച്ചിട്ട് കൊടുവായുരിക്കാരൊന്നുമില്ല ഒക്കെ പാലക്കാടുള്ളവരാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രഭാഷണോട് വേണ്ട വെച്ചത് പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്ഥ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത ഇഹൈകസ്തം ജഗത്കൃത്നം പശ്യാസരാമദേഹേ ഗുഡാകേശദ്രഷ്ടസി ഹേ അർജുന പശ്യമേ പാർത്ഥരൂപാണി ശതശോതസഹസ്രശ നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിനുള്ള എന്റെ രൂപങ്ങൾ കണ്ടോളൂ ഒരേ സ്ഥലത്ത് ഇവിടെ വെച്ച് തന്നെ അനേക രൂപങ്ങൾ ഇതാ തന്റെ മുമ്പിൽ ആവിർഭവിക്കുന്നു കണ്ടുള്ള ശതശോധ സഹസ്രശ ഉള്ളിൽ ചിത്തവൃത്തികൾ ഉദ്ഭവിക്കുന്ന പോലെ പുറമേക്ക് രൂപങ്ങൾ ഉദ്ഭവിക്കാം ഈ ഉദ്ഭവിക്കുന്ന രൂപങ്ങളൊക്കെ വാസ്തവത്തിൽ അർജുനന്റെ വാസനകൾ തന്നെയാണ് അർജുനന്റെ ഉള്ളിലുള്ളത് തന്നെയാണ് പുറമേക്ക് അനേക നാമരൂപങ്ങളായി പൊന്തി വന്ന് കാണുന്നത് ഭഗവാൻ ആരാണ് കൃഷ്ണൻ ആരാണ് ബോധം ബോധവസ്തു ബ്രഹ്മവസ്തു ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് പ്രത്യേകം ഒരു രൂപം കൊണ്ട് വരുമ്പോ അവതാരം എന്ന് പറയുന്നത് ശങ്കരാചാര്യ സ്വാമികൾ എട്ട് വയസ്സിൽ കാലടിയിൽ നിന്നും മധ്യപ്രദേശിലേക്ക് പോയി അമ്മയെ വിട്ടിട്ട് എന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നത് ഇരുപത്തിയഞ്ചു വയസ്സിലോ മറ്റോ ആണ് അമ്മയെ കാണാൻ അമ്മ കിടക്കയിൽ കിടക്കുക മരണം കാത്തുകൊണ്ട് കിടക്കാണ് അമ്മയെ വിട്ടുപോകുമ്പോ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് എപ്പോ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കണോ അപ്പൊ ഞാൻ വരാം അമ്മയുടെ സംസ്കാര കർമ്മങ്ങളൊക്കെ ഞാൻ നിർവഹിക്കാം എന്ന് വാക്കുകൊടുത്തിട്ടാണോ പോയത് അമ്മ അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോഴാണോ വരണതും അടുത്തു വന്നിരുന്നു മാത ശങ്കരമാഗതം നിജസുതം കിഞ്ചി ദൃാസേച അമ്മ അമ്മയുടെ പുത്രൻ ശങ്കരൻ വന്നിരിക്കണു കണ്ടുകൊണ്ട് എന്നെ ഒന്ന് നോക്കൂ അമ്മ മുമ്പിൽ നോക്കിയപ്പോ ആചാര്യസ്വാമികൾ എട്ടു വയസ്സിൽ പോയ തന്റെ കുട്ടി സന്യാസിയായി കാഷായാംബരധാരിയായി മുമ്പിലിരിക്കുന്നുണ്ട് അമ്മയ്ക്ക് അനേക സ്തോത്രങ്ങൾ ചൊല്ലിക്കേൾപ്പിച്ചു ബ്രഹ്മോപദേശം ചെയ്തു നിർഗുണമായ ബ്രഹ്മതത്വം അമ്മയ്ക്ക് ഉപദേശിച്ചു ശിഷ്യന്മാർക്കൊക്കെ ഉപദേശിച്ച പോലെ തന്നെ മരിക്കുമ്പോ ബ്രഹ്മതത്വം വിചാരിച്ചുകൊണ്ട് മരിച്ചാൽ പിന്നെ ജനനമില്ല എന്തിനെ ചിന്തിച്ചുകൊണ്ട് മരിക്കണോ അതിനനുസരിച്ച് പുനർജനനം ബ്രഹ്മവിചാരം ചെയ്തുകൊണ്ട് മരിച്ചാൽ പിന്നെ ജനനമില്ല അമ്മയ്ക്ക് അതുകൊണ്ട് മരണകാലത്ത് ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുത്തു പക്ഷെ അമ്മയുടെ മനസ്സ് ബ്രഹ്മത്തിൽ ലയിക്കുന്നില്ല നിൽക്കണില്ല അപ്പൊ ഒരു ജന്മത്തിൽ ചെയ്യേണ്ട സാധന എന്താ ഒരു രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക എന്നിട്ട് ക്രമേണ നിർഗുണമായ തത്വത്തിലേക്ക് നയിക്കുക അതാണ് ചെയ്യേണ്ടത് അതൊക്കെ തന്നെ ഈ മരണസമയത്ത് തന്നെ ജയിപ്പിച്ചു അമ്മയെ അമ്മയെക്കൊണ്ട് അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ഏത് രൂപമാണ് ഇപ്പൊ കാണേണ്ടത് ഭഗവാന്റെ ശിവനായിട്ട് കാണണം എന്നതാ കണ്ടു അമ്മ ഇച്ഛിക്കുന്ന ശിവൻ അമ്മയുടെ മുമ്പിൽ എന്താന്ന് വെച്ചാൽ ജീവൻ മുക്തൻ ആത്മസ്വരൂപയാണ് അദ്ദേഹത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ഇച്ഛിക്കണോ അതൊക്കെ രൂപം പൂണ്ടുവരുമ്പോൾ അതുകൊണ്ടാണ് ഈ മഹാത്മാക്കളുടെ അടുത്ത് പോയ ആഗ്രഹമൊക്കെ പറയുന്നത് ആളുകളെ ഇതിന്റെ സീക്രട്ട് അതാണ് ഉപനിഷത്ത് കാലം മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ട് അത്ര അടുത്ത് പോയിട്ട് അവരവരുടെ സങ്കല്പങ്ങളൊക്കെ പറയുക എന്നുള്ളത് തസ്മാത് ആത്മജ്ഞം ഹി അർച്ചയെ ഭൂതികാമഹാണ് എന്താന്ന് വെച്ചാൽ ഒരു ബ്രഹ്മജ്ഞാനി അയാൾ ശരീരത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും അയാൾ ശരീരമല്ല ആ ശരീരത്തിൽ മനസ്സ് എന്ന് പറയണ സാധനമില്ല ബോധം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ സന്നിധിയിൽ പോയി നമ്മളൊന്ന് സങ്കല്പിച്ചാൽ തന്നെ അത് രൂപം കൊണ്ട് മുമ്പിൽ വന്നു നിൽക്കും ഇവിടെ അമ്മ ആചാര്യസ്വാമികളുടെ മുമ്പിലിരുന്ന് ശിവനെ സങ്കൽപ്പിച്ചു ശിവൻ മുമ്പിൽ ഉദ്ഭവിച്ചു ശിവരൂപം കണ്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോ വിഷ്ണുവിനെ കാണണം എന്ന് ആഗ്രഹിച്ചു വിഷ്ണുവും പോലും വന്നു ആ സമയത്ത് ചൊല്ലിയതാണ് ഈ ശിവഭുജംഗപ്രയാത സ്ത്രോത്രവും ശ്രിയാശ്ലിഷ്ടോ വിഷ്ണു സ്ഥിരചരവുഃ വേദവിഷയോ ധിയാം സാക്ഷി ശുദ്ധോ ഹരിരസുരഹന്യ അബ്ജനയനഃ ഗതീശംഖീചക്രീ വിമല വനമാലി സ്ഥിരരുചി ശരണ്യോ ഭൂതേശോ തവഭവതു വിഷ് കൃഷ്ണോ അച്ഛിവിഷയ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം അപ്പോ വിഷ്ണുവിന്റെ ദർശനനും ശിവദർശനവും വിഷ്ണുദർശനവും ഒക്കെ ഉണ്ടായി അമ്മയ്ക്ക് എം എം ബാബി എന്തൊക്കെ ആശിക്കണോ അതൊക്കെ ദമ്പൂർ കൊടുത്തു അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത് തനിക്ക് എന്തൊക്കെ കാണണമോ ഈ സൃഷ്ടിയുടെ രഹസ്യമാണല്ലോ ചോദിച്ചത് മുഴുവൻ ഇതാ മുമ്പിൽ കണ്ടോളാം പശ്യ മേ പാർത്ഥ രൂപാണി ശതശോത സഹസ്രശ നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിന് എന്റെ രൂപങ്ങളിതാ തന്റെ മുമ്പിൽ ധാനി ദിവ്യാനി നാനാവർണകൃതി ദിവ്യമായിട്ടുള്ള രൂപങ്ങളാണ് കാണിച്ചു കൊടുക്കണം ഒരു സാധകന ആരംഭത്തിൽ അതാണ് വേണ്ടത് ഭഗവാൻ ഒരുപക്ഷെ വിശ്വരൂപമൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും നമ്മളുടെയൊക്കെ സാധന ദശയിൽ നമുക്ക് ഓരോ സമയത്തും എന്തെന്ത് സഹായം വേണോ ആ സഹായം ചെയ്യാനായിട്ട് ഭഗവാൻ ഏതെങ്കിലും രൂപം മുമ്പിൽ വരും ആരുടെയെങ്കിലും വ്യക്തികളുടെ രൂപത്തിൽ മുമ്പിൽ വരും സർവേശ്വരൻ അനുഗ്രഹിക്കാനായിട്ട് ധാനി ദിവ്യണി നാനാവർണാകൃതീനിച്ച് അതുപോലെ ദർശനങ്ങളും നാനാ വർണ്ണങ്ങളും നാനാ ആകൃതികളിലുമായിട്ട് വരും ഇപ്പൊ അർജുനനും ഒരേ ക്ഷണത്തിൽ ഇതൊക്കെ മുമ്പിൽ ആവിർഭവിച്ചു നാനാ രൂപങ്ങളും നാനാ ആകൃതികളും ഭഗവാൻ മുമ്പിൽ പൂണ്ടുവന്നു നിന്നു പശ്യ ആദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനവും മരുതസ്ഥത അനേക സൂര്യന്മാര് വസുക്കൾ അഷ്ടവസുക്കള് രുദ്രന്മാര് ഏകാദശ രുദ്രന്മാര് അശ്വിനീദേവന്മാര് മരുത്തുക്കള് ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത ഹേ അർജുന എന്തൊക്കെ കാണണമോ ഇതാ കണ്ടോള എന്റെ മുമ്പില് ഇതിന് അനേക സംഭവങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നു പറയുമ്പോ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന് മഹാസമാധിക്ക് കുറച്ചു ദിവസം മുമ്പ് കൽക്കട്ടയില് ദക്ഷിണേശ്വരത്തില് അല്ല ബേലൂർ മഠത്തില് അദ്ദേഹം താമസിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഒരു മിത്ര പ്രമതനാഥ് മിത്ര എന്ന് പറയുന്ന ഒരു ശിഷ്യൻ അദ്ദേഹം തന്നെയാ തോന്നുന്നു പേര് എനിക്ക് ചിലവ് മാറിപ്പോയിട്ടുണ്ടാവും അദ്ദേഹം സ്വാമികളോടും പറഞ്ഞു അങ്ങയുടെ അനേകം ലെക്ചേഴ്സ് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങയുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം അറിയണമെന്ന് തോന്നുന്നു എനിക്ക് മായയെ എന്താണെന്ന് ഒന്ന് അങ്ങ് പറഞ്ഞു തരണം മായ തന്നെയാണ് ഈ വിശ്വരൂപ ദർശനം മായാദർശനം തന്നെയാണ് ഈശ്വര ദർശനം എന്ന് വെച്ചാൽ മായാദർശനം മായയെ അല്ലാത്ത ഒന്നേ ഒന്നേ ഉള്ളൂ ബ്രഹ്മം ബാക്കിയൊക്കെ മായ തന്നെയാണ് അപ്പൊ മായയെ എനിക്കൊന്ന് പറഞ്ഞു തരണം ഇദ്ദേഹം ചോദിച്ചപ്പോ സ്വാമിജി പതുക്കെ മായയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നടന്നുകൊണ്ടേ ഇങ്ങനെ മായയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി അങ്ങനെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറായി ഇങ്ങനെ മായയെക്കുറിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് വന്ന് പെട്ടെന്ന് ഈ ഭക്തന് തന്റെ മുമ്പിൽ നിൽക്കുന്ന സ്വാമിയും ആ ബേലൂറും മടവും ഗംഗയും ഒക്കെ മുമ്പിൽ നിന്നങ്ങൾ പറഞ്ഞു ഒക്കെ ആദ്യം തുടങ്ങി അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പറയാണ് ഒക്കെ ഇളകിയിട്ട് ഇവിടെ ഒന്നും വേദമില്ല എന്നാണ് അദ്ദേഹത്തിന് സ്വാമിയുടെ അപാര ഭക്തിയുള്ള ആൾ പറയണത് ആ സ്വാമിയും ഞാനും ഈ ഗംഗയും ഈ വേലൂർ മടുവുമൊക്കെ ഒരേ വസ്തുവിനെ കൊണ്ടോ സർവവും ചലിക്കണതായിട്ടും ഇവിടെ പ്രത്യേകിച്ച് വ്യക്തികൾ ആരുമില്ലാത്തതായിട്ടും ഒരു അനന്തമായ സമുദ്രത്തിൽ അനേകം അലകളും കുമളകളും പോലെ അനേകം വ്യക്തികൾ ഇവിടെ നിൽക്കുന്നതായിട്ടും ഒരു ക്ഷണത്തേക്ക് തോന്നി കുറേ എല്ലാം എല്ലാം മായയുടെ ഉള്ളിൽ സകലതും മായയുടെ ഉള്ളിൽ അതൊന്ന് അത് പതൊക്കെ ഒന്ന് ചോട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോ ദേഹം നിലവിളിച്ചുകൊണ്ട് തന്റെ ഗുരുവിനോട് സ്വാമിയോട് പറഞ്ഞു സ്വാമിജി നിങ്ങളും നിങ്ങളുടെ മനുഷ്യസേവാ പ്രവർത്തനവും നിങ്ങൾ കെട്ടിയ മഠങ്ങളും നിങ്ങൾ നടത്തിയ പ്രസംഗങ്ങളും ഒക്കെ മായ അങ്ങ് തന്നെ മായയിൽ പെട്ടുകിടക്കാണ് മായയുടെ ഉള്ളിലാണ് അങ്ങയുടെ പ്രവർത്തനങ്ങളും ചലനങ്ങളും മുഴുവൻ മായ ഇവിടെ ആരാർക്ക് എന്ത് ചെയ്യാൻ ആർക്ക് സേവ ചെയ്യാൻ ആരെ ഉദ്ധരിക്കാൻ ബ്രഹ്മമൊന്നേ ഉള്ളൂ ആ നിശ്ചലമായ ബോധത്തിൽ വെള്ളത്തിൽ കാറ്റടിക്കുമ്പോ അലയുണ്ടാവുന്ന പോലെ നിശ്ചലമായ ബോധത്തിൽ അനിർവചനീയമായി ഈ ശക്തി പൊന്തി വന്നിട്ട് അനേക പ്രപഞ്ചങ്ങളെയും ഒക്കെ തോന്നിപ്പിക്കണു ഇതൊന്നും വാസ്തവമല്ല അങ്ങുമായാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോ ഇദ്ദേഹം പതുക്കെ ഒന്ന് ശാന്തമായപ്പോ അദ്ദേഹത്തിന് വിഷമം തോന്നിയോ തന്റെ ഗുരുവിനോട് ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഗുരുവിന്റെ അടുത്ത് അപ്പൊ സ്വാമിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞത് മുഴുവൻ ഹൺഡ്രഡ് സത്യം എന്റെ പ്രവർത്തനങ്ങളും ഈ ഞാനും ഈ മഠവും നാട്ടിൽ നടന്ന് പ്രസംഗിച്ചതും ഒക്കെ ആയാ പക്ഷേ ഞാനിത് അറിഞ്ഞുകൊണ്ട് കളിക്കുകയാണ് ഇത് മായയാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത് അതുകൊണ്ട് ഇത് എന്നെ അല്പം പോലും ബാധിക്കണില്ല സ്വേമഹിം നിസ്തിയത്തെ ഭാഗവതം പറയണ സ്വമഹിമയിലെ സ്ഥിതനായവനെ ഈ മായ ഭഗവാന്റെ മായ തൊടില്ല ബാധിക്കണില്ല ഇനിയിപ്പൊ തനിക്ക് ഈ മായയെ പരിപൂർണമായി വിട്ടുമാറ്റണം തോന്നുന്നുണ്ടെങ്കിൽ വിട്ടുപോയിക്കോളാം എവിടെങ്കിലുമൊക്കെ ഒരു ഹിമാലയം ഗുഹയിൽ പോയിരുന്ന് തനിച്ചിരുന്ന് നിർവികൽപ്പ സമാധി പരിശീലിക്കും മായ വിട്ടുപോകും ീ കാണുന്നത് മുഴുവൻ മായ മായയാണെന്ന് ഒരിക്കൽ കണ്ടാൽ എന്നിട്ട് അതിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചാ കൊടുങ്ങില്ല സകലതും ഭഗവാന്റെ രൂപമാണ് ഈ കാണുന്ന നാമരൂപങ്ങൾ മുഴുവൻ ഭഗവാൻ ഇത് അറിഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടില്ല എന്നാണ് ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയണത് ഇവിടെയുള്ള സൂര്യചന്ദ്രന്മാരും ഗോളങ്ങളും ദേവതകളും ഒക്കെ ഞാൻ തന്നെ ഇവരുടെയൊക്കെ രൂപത്തിൽ ഞാൻ നിൽക്കുന്നു ബ്രഹ്മാണ്ടം മുഴുവൻ ഞാൻ തന്നെയാണ് കണ്ടോളൂ അർജുന ഇതൊക്കെ ഓരോ സ്ഥലത്ത് പോയി കാണുകയും പോയിട്ട് കാണുക ഇവിടെ ഇപ്പൊ തന്നെ ഹിയർ നൗ ഇവിടെ ഇപ്പൊ തന്നെ ഇവിടെ വെച്ചാൽ ഈ സമയം ഇവിടെ ഇപ്പൊ തന്നെ സകല പ്രപഞ്ചങ്ങളും തന്റെ മുമ്പിൽ തന്നെ ഞാൻ കാണിച്ചു തരാം ജഗത്കൃത്സ്നം പശ്യ അധ്യസരാചരം മമദേഹേ ഗുഡാകേശ അർജുന എന്റെ ശരീരത്തിൽ ഗുഡാകേഷ ഗുഡാകേശ എന്ന് അർജുനനെ വിളിക്കാൻ കാരണം ഗുഡാക എന്ന് വെച്ചാൽ ഉറക്കം ഉറക്കത്തിനെ ജയിച്ചവൻ ഗുഡാകേശ ഉറക്കത്തിൽ പെട്ടുപോയവൻ മായയിൽ പെട്ടുപോയി നമ്മളൊക്കെ ഒരു മായ ഉറക്കത്തിലാണ് കിടക്കണതേ നമ്മളുടെ ജാഗ്രത അവസ്ഥയും ഒരു ഉറക്കമാണ് സ്വപ്നവും ഒരു ഉറക്കമാണ് സുഷുപ്തിയും ഒരു ഉറക്കമാണ് ജ്ഞാനമുണ്ടായാൽ ഭാഗവതം പറയണത് ത്രീം സ്വപ്നാൻ ധുനുതേ മുനിഹി മൂന്ന് സ്വപ്നങ്ങളെയും നീക്കുന്നു മൂന്നും സ്വപ്നം മൂന്നും ഉറക്കം മൂന്ന് നിദ്ര സ്വപ്നവും ഉറക്കം സുഷുപ്തിയും ഉറക്കം ജാഗ്രത്തും ഉറക്കം സുഷുപ്തിയുടെ ബേസിലാണ് സ്വപ്നവും ജാഗ്രത്തും നിൽക്കണതേ ഇപ്പൊ പിന്നെ പറയാനുണ്ടോ നമ്മളുടെ ജാഗ്രതാവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും പുറകിൽ ഈ സുഷുപ്തി ഉണ്ട് അതുകൊണ്ട് ഈ മായയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി തനിക്ക് എന്തൊക്കെ കാണണോ ഒക്കെ കണ്ടോളാം അന്യദ്രഷ്ടിച്ച പുതിയതായിട്ട് പലതും കാണണോ കണ്ടോളാം ഉണ്ടാക്കി കാണണമെങ്കിൽ കണ്ടോളാം ബോധസ്വരൂപനായ ഭഗവാൻ ഇവിടെ കൊണ്ട് ആ ബോധത്തിൽ എന്ത് ചിത്രവൃത്തി പൊണ്ടി വന്നാൽ ആ ചിത്രവൃത്തിയൊക്കെ രൂപം കൊണ്ട് മുമ്പ് വന്നിരിക്കും ഇതാണ് മായ മായ കൊണ്ട് എന്തും എന്തൊക്കെ കാണണമെന്ന് ആശിച്ചു അതൊക്കെ കാണാം നീ അല്പം മനസ്സിന് ഒന്ന് ചലിപ്പിച്ചാൽ മനസ്സ് സ്വതന്ത്രമായി ചലിക്കാൻ തുടങ്ങിയാൽ ഇഷ്ടമില്ലാത്തതൊക്കെ കാണും ഇഷ്ടമുള്ളത് മാത്രമല്ല ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾക്കിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ വേദാന്തം പറയണത് നമ്മൾ ഇച്ഛിച്ചതാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കണതെന്ന് നമ്മളുടെ സങ്കല്പമാണ് പലർക്കും സംശയം തോന്നും എന്റെ സങ്കല്പമാണെങ്കിൽ എന്തിനും എന്റെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ഉണ്ടാവണം പല പ്രശ്നങ്ങളും ഉണ്ടാവണു എന്നുവെച്ചാൽ പല ജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെയോ സങ്കല്പിച്ചിട്ടുണ്ടേ ആ സങ്കല്പം ഒരല അങ്ങട് അടിച്ചാൽ അവിടെ നിങ്ങട് വരും അതുപോലെ ഒരു സുഖസങ്കല്പം ഉണ്ടായാൽ ആ സങ്കല്പം തിരിച്ചു വരുന്നതാണ് ദുഃഖം നമ്മളുടെ തന്നെ സങ്കല്പമാണ് നമ്മളുടെ തന്നെയല്ലേ മനസ്സ് സ്വപ്നം സുഖമായിട്ട് ഊണ് കഴിച്ച് കിടന്നുറങ്ങുമ്പോ ഊണേ കഴിക്കാതെ മരുഭൂമിയിൽ പത്ത് പതിനഞ്ച് ദിവസമായി വെള്ളം പോലും കിട്ടാതെ അലഞ്ഞു നടക്കണമാര് സ്വപ്നം എന്തിനു കാണണം അല്ല നമ്മളുടെ മനസ്സല്ലേ എന്തിനു കാണണം ഊണ് കിട്ടാതെ വെള്ളം കിട്ടാതെ അലയുന്ന പോലെ മരുഭൂമിയിൽ നടക്കുന്ന പോലെ സ്വപ്നം കാണണം സുഖമായി എ റൂമിൽ കിടക്കുകയാണ് കിടക്കയൊക്കെ കണ്ടാൽ അപ്പൊ ഉറങ്ങണം അങ്ങനത്തെ കിടക്കാം അതിൽ കിടന്നിട്ടാണ് ഇങ്ങനത്തെ സ്വപ്നം എന്തിന് കാണണം ഉത്തരമില്ല ഒന്നേ പറയാൻ പറ്റുള്ളൂ ഈ ഭ്രാന്ത മനസ്സ് എന്തൊക്കെയോ സങ്കല്പിക്കണോ അതിന് സ്വാതന്ത്ര്യവും കൊടുത്തു ഇപ്പൊ മക്കളെ വളർത്തി കഴിഞ്ഞാൽ പിന്നെ അവര് പറഞ്ഞാൽ കക്കാ അതുപോലെ നമ്മൾ ഉള്ളിലൊന്നിനെ വളർത്തി നമ്മളുടെ മക്കളെ പറഞ്ഞേ കേൾക്കണില്ല എന്ന് വെച്ചാൽ ഈ ഉള്ളിലൊന്നിനെ വളർത്തി അത് ഭ്രാന്തുടിച്ചു അതിങ്ങനെ അളഞ്ഞു നടക്കണം അത് സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് സകലതും പോസിറ്റീവായ ഒരു സങ്കല്പം നെഗറ്റീവായ ഒരു സങ്കല്പം എല്ലാ കൊണ്ടുവരും അല്ലെങ്കിൽ എന്തിനും ഈ പ്രയത്നത്തിനെയൊക്കെ സങ്കല്പിക്കണം നമ്മളുടെ മനസ്സല്ലേ ഇരുട്ടും ഒരു ഇരുട്ട് വഴി കൂടെ നടന്നു പോകുമ്പോ സുഖമായി നടന്നു പോയി കൂടെ അപ്പൊ തോന്നുന്നു ഉള്ളില് പ്രേതസങ്കല്പം പ്രേതം എല്ലാവരുടെ ഉള്ളിലൂടെ ഈ പ്രേതം വാസ്തവത്തിലുണ്ടോ ഇല്ല എന്നാലോ ഉള്ള പോലെതോ അതിനെ പേടിയും ഇവിടെ ഒരു പുസ്തകത്തിലൊരു കഥ വായിച്ചു തമാശന് വേണ്ടി പറയാ വളരെ ഉയർന്ന സബ്ജക്ട് പറഞ്ഞ് നിങ്ങളെ കുറച്ച് കുറച്ച് വിഷമിപ്പിക്കണതുമുണ്ട് രണ്ടു പേര് രണ്ട് ക്രിസ്ത്യാനികള് ഒരു ശ്മശാനത്തിലൊരു പേരയ്ക്കാണ് വര നിൽക്കട്ടെ അപ്പൊ ഇവര് പേരയ്ക്ക മരം കണ്ടിട്ട് അതാരും ശ്മശാനത്തിൽ പോവാൻ പേടിയാണ് ശ്മശാനമല്ലോ അവർക്ക് സെമിത്തേരി സെമിത്തേരിയിൽ പോവാൻ പേടിയായതുകൊണ്ട് അതിനകത്ത് ആരും പോയിട്ട് പേരയ്ക്ക് വരയ്ക്കില്ല ഇവര് രണ്ടുപേരും കൂടെ നിശ്ചയിച്ചു ഈ സെമിത്തേരിയിൽ പോയിട്ട് പേരയ്ക്ക് വരച്ച് വിൽക്കാം രാത്രി പോയി പറിക്കണം രാത്രി പോയി പറച്ച് വിൽക്കാൻ നിശ്ചയിച്ചു നിശ്ചയിച്ച് ഇവര് രണ്ടുപേര് രാത്രി കയറി പേരയ്ക്ക് പറിച്ചു അതില് രണ്ടു പേരൊക്കെ മതിലിന്റെ ഇപ്രവും വീണു ബാക്കിയുള്ളതൊക്കെ പറിച്ച് എണ്ണിക്കൊണ്ടിരിക്കാത്ര ഒന്ന് നനക്ക് ഒന്ന് എനിക്ക് ഇവരിങ്ങനെ ഓരോന്നായി മാറ്റി മാറ്റി വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുക അപ്പൊ വേറെ ക്രിസ്ത്യാനി ഒരു തോമസ് കുട്ടി മതിലിന്റെ വരുമ്പോ രാത്രി പന്ത്രണ്ട് മണിക്ക് സിനിമ കഴിഞ്ഞ് വരികയാണ് അപ്പോഴാണ് മതിലിന്റെ അപ്പുറത്തു നിന്ന് ഒരു ശബ്ദം ഒന്ന് നനക്ക് ഒന്ന് എനിക്ക് ഇയാള് ഇത് ഒന്നുകൂടെ കേട്ടു വീണ്ടും ഒന്ന് നനക്ക് ഒന്ന് എനിക്ക് ഇത് മാത്രം കേൾക്കേണ്ടത് ഇയാൾ അവിടുന്ന് എടുത്തു ഒരു ഓട്ടം നിലവിളിച്ചുകൊണ്ടാ ഓടുന്നത് പോണ വഴിയില് അവിടുത്തെ ഒരു പാതിരിയും വരണ്ട് പാതിരിയോട് പറഞ്ഞു അച്ഛവും അങ്ങോട്ട് പോണ്ടാവും അവിടെ സെമിത്തേരിന്റെ ഉള്ളിൽ ദൈവം ദമ്പുരാനും ശക്കുത്താനും ആത്മാക്കളെ പങ്കുവെക്കുകയാണ് ഓട്ടാന്ന് പറഞ്ഞിട്ട് അച്ഛം പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം ദൈവം ദമ്പുരാനിൽ വിശ്വാസമില്ലാത്ത ഒരേ ഒരാളത്തെ കാണേ ഇല്ല എന്നുള്ള ഉറപ്പുള്ളൂ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുത്രേ അച്ഛൻ അപ്പൊ അച്ഛന് പറഞ്ഞു ഏയ് ഞാൻ കേട്ടതാ അച്ഛൻ വരൂ ഒന്ന് വിളിച്ചുകൊണ്ടുപോയി വിളിച്ചുകൊണ്ട് പോയി സെമിത്തേരിയുടെ മുമ്പിൽ നിർത്തി നിർത്തിയപ്പോ ഉള്ളെന്ന് ഇങ്ങനെ കേൾക്കുന്നു ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക് അച്ഛൻ പറഞ്ഞു ഏത് ദൈവം തമ്പുരാന്റെ വാക്കായിരിക്കാൻ നിർത്തിയില്ല നമുക്കൊന്ന് മതില് കയറി നോക്കിയാലോ നീ കയറുന്നു മറ്റവന്റെ അടുത്ത് പറഞ്ഞു അവൻ പറഞ്ഞു അച്ഛൻ കയറിയാൽ മതി ഞാനില്ല വിശ്വാസ അച്ഛനും വിട്ടില്ല ഇയാളും വിട്ടില്ല അവസാനം അച്ഛൻ തീരുമാനിച്ചു ധൈര്യമായി ഒന്ന് കയറി നോക്കാം നോക്കാം തീരുമാനിച്ചപ്പോഴാണ് മതിലിന്റെ അപ്പുറത്ത് വരെ എണ്ണി തീർന്നു കഴിഞ്ഞു അപ്പൊ അതിലൊരാൾ പറഞ്ഞു ഇനിയിപ്പൊ രണ്ടെണ്ണം അതിലിന്റെ അപ്രത്യ കേട്ടതോടെ രണ്ടും രാവിലെ എഴുന്നേറ്റിപ്പൊ രണ്ടെണ്ണം അവിടെ കിടക്കും ഇങ്ങനെയൊക്കെയാണ് ഈ സാങ്കല്പികമായ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നത് മനസ് ഇല്ലാത്തതിനൊക്കെ സങ്കൽപ്പിച്ചുകൊണ്ടാക്കണം എത്ര സങ്കല്പങ്ങൾക്ക് രൂപം കൊടുത്ത് മനസ്സ് പൊന്തിച്ചുകൊണ്ടുവരണമല്ലേ ഈ സങ്കല്പങ്ങളൊക്കെ മുമ്പിൽ വന്നാൽ നമ്മൾ വാസ്തവത്തിൽ പേടിക്കില്ലേ ഇപ്പൊ പ്രേതമുണ്ടോ ഇല്ലയോ പേടിച്ചോ ഇല്ലയോ വാസ്തവത്തിൽ ഇല്ലെങ്കിലും പേടിക്കണം ഇപ്പൊ അർജുനന്റെ മുമ്പിൽ മുഴുവൻ യുദ്ധവാസനകള് ഭഗവാൻ പറയണത് തനിക്ക് എന്തൊക്കെ കാണണമോ കണ്ടോളൂ എന്നാണ് ഉള്ളിൽ എന്തൊക്കെ വാസനയുണ്ടോ ഒക്കെ മുമ്പിൽ രൂപം കൊണ്ട് നിൽക്കട്ടെ അതായത് നമ്മൾക്കിപ്പോ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു തരികയാണെങ്കിൽ നമ്മളുടെ കഴിഞ്ഞുപോയ ജന്മവും ആ കഴിഞ്ഞുപോയ ജന്മത്തിൽ എന്തൊക്കെ ഉഗ്രമായ യാതനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതും കാണും ഇനി എത്ര ജന്മമുണ്ടോ ആ ജന്മത്തിൽ എന്തൊക്കെ ഭയങ്കരവും സുഖവുമായിട്ടുള്ളതൊക്കെ അനുഭവിക്കാനുണ്ടോ അതൊക്കെ കാണും എങ്ങനെയുണ്ടാവും ആലോചിച്ചു നോക്കുക ഇതാണ് അർജുനന്റെ മുമ്പിലും കാണുന്നത് ഇനി വരാൻ പോണ ഭയങ്കരമായ യുദ്ധത്തിനെയും കാണുന്നു കഴിഞ്ഞുപോയത് പലതും കാണുന്നു താൻ ഭജിച്ചിട്ടുള്ള ദേവതകളെയൊക്കെ കാണുന്നു അൽപ്പം വേദവും പുരാണങ്ങളും ഒക്കെ അർജുനൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് ദേവലോകത്തിലൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ ദേവതകളെയൊക്കെ കാണിച്ചു കൊടുക്ക ഭഗവാൻ അത് കാണിക്കാൻ ഒരു ശക്തി വേണം ശക്തി എന്താ സൂക്ഷ്മമായ യോഗചക്ഷുസും അതും ഭഗവാൻ കൊടുത്തു നതുമാം ശക്യസേ ദൃഷ്ടും അനേനീവ സ്വചക്ഷുഷ ദിവ്യം ദിത്തെ ചക്ഷുഹു പശ്യമേ യോഗം ഐശ്വരം ഈ ലൗകികമായി ഈ കണ്ണുകൾ എന്നെ കാണാൻ ഒക്കില്ല അതുകൊണ്ട് തനിക്ക് ദിവ്യമായ കണ്ണ് ഞാൻ തരാം ദിവ്യം ദദാമിതേ ചക്ഷുഹു പശ്യമേ യോഗം ഐശ്വരം ഈ ദിവ്യമായ ചുഷ എന്താന്ന് വെച്ചാൽ അന്തരംഗത്തിന് മനസ്സ് സൂക്ഷ്മമായി പ്രാണനെ പിടിച്ചാൽ പ്രപഞ്ചം മുഴുവൻ വിശ്വരൂപമായിട്ട് കാണും ഏകാദശത്തിലെ ഭാഗവതത്തിലെ ഏകാദശത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞു കണ്ണ് എന്ന് വെച്ചാൽ ദൃഷ്ടി ദൃഷ്ടി സൂക്ഷ്മമാവുമ്പോ സൂക്ഷ്മമായ ദൃഷ്ടി ഉണ്ടാവുമ്പോൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പശ്ചാത്തലം കാണപ്പെടുന്നു അത്തരത്തിലുള്ള ദിവ്യദൃഷ്ടി സ്വയമേവ യോഗപരിശീലനം കൊണ്ടുണ്ടാവണം ഇല്ലെങ്കിലോ ജ്ഞാനികളായ മഹാത്മാക്കളായ ജീവൻ ബ്രഹ്മനിഷ്ഠന്മാരുടെ അനുഗ്രഹം കൊണ്ട് കുറച്ചു നേരത്തേക്കൊക്കെ അതുണ്ടാവും ചിലപ്പോൾ ചിലർക്ക് ചിത്തം ശുദ്ധമാവുമ്പോൾ ചിലപ്പോ ഇതുണ്ടാവും ഈ ദൃഷ്ടി ടാഗോറിന്റെ ഈയിടെ കേട്ടു ടാഗോർ ഒരു ദിവസം കൽക്കട്ടയിൽ ബംഗാളിൽ ഇങ്ങനെയും നടക്കുമ്പോ കാടും നദികളും ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുക അങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് ടാഗോറിന് ഈ ഒരു അനുഭവം ഉണ്ടായി പ്രാണപ്രസരം തന്റെ ഓരോ രോമകൂപത്തിൽ നിന്നും പ്രകാശം പുറത്തുവരുന്നതായിട്ടും പ്രപഞ്ചം മുഴുവൻ ആ പ്രകാശത്തിൽ ലയിക്കുന്നതായിട്ടും താൻ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതായിട്ടും ഒക്കെ അദ്ദേഹത്തിന് തോന്നി ആ ഒരു അനുഭവം കുറച്ചു ദിവസം നീണ്ടു നിന്നു ആ സമയത്താത്ര ഈ ഗിരിതാഞ്ജലി എഴുതിയത് പക്ഷേ അത് വിചാരം ചെയ്ത് ഉറപ്പിക്കാത്തതുകൊണ്ടോ എന്തോ അതൊന്നും അധികം നിന്നില്ല അത് വന്നു പോയി എത്ര നേരം ഇങ്ങനെ ദർശനം വരണു പോയി ചിലർക്ക് സ്വയമേവ ഉണ്ടാവും ചിലർക്ക് ഇന്നലെയൊക്കെ രാമകൃഷ്ണദേവന്റെ കഥയൊക്കെ പറഞ്ഞ പോലെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവും ഇവിടെ ഭഗവാൻ പറയാണ് അർജുനന് തനിക്ക് ഞാൻ ദിവ്യദൃഷ്ടി തരാം കാണൂന്നാണ് ദിവ്യം ദാമിതേ ചുഹു പശ്യമേ യോഗം ഐശ്വരം ഐശ്വരം യോഗം എന്ന് വെച്ചാൽ മായാന്നർത്ഥം യോഗം എന്നുവെച്ചാൽ തന്നെ മായാന്നാണ് അർത്ഥം ഇവിടെ ഭഗവാൻ ഇവിടെ യോഗം എന്ന് പറയുന്ന വാക്കിനർത്ഥം മായാങ് അതായത് എന്റെ മായ കണ്ടോള തനിക്ക് എന്തൊക്കെ കാണണമോ കണ്ടോള എന്ന് പറഞ്ഞ് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത് സഞ്ജയനും കണ്ടു अदाणे कृष्ण अर्जुन कोव्यदृष्टि व्यासन संजयु को व्यासम वशिष्ठ व्यासम व्यासाय विष्णु रूपाय रुप व्यास भगवा इवे संजयनु इदे दिव्यदृष्टि को सजयनुपु संजयन वर्णिक संजय वाच एव मुक्त तथो रागन महायोगेश्वर हरि ദർശയാസ പാർയ പരമം മ്വരം അനേകവക്ത്രനയനം അനേകാത്ഭുതദർശനം അനേകദിവ്യഭരണം ദിവ്യോദ്യുധം ദിവ്യമാല്യംബരം ദിവ്യഗന്ധാപനം സർവാശ്ചര്യമയം ദിവ്യം സർവാശ്ചര്യമയം ദോ देवी दिव्य सूर्यसहस्रे भवे युगपदुद्धिता यदि भा सदृशी सासस् महात्म एवुक्वा इगे पर महायोगेश्वर हरि ई कृष्णन आरा वा महायोगेश्वर अगर आल कहलू योगीश्वरु योगेश्वरु ഇവിടെ യോഗീശ്വരനല്ല യോഗേശ്വരൻ യോഗീശ്വരൻ എന്ന് വെച്ചാൽ യോഗത്തിനെ നല്ലവണ്ണം അറിഞ്ഞ ആള് ഇവിടെ യോഗേശ്വരൻ എന്ന് വെച്ചാൽ യോഗം കൊണ്ട് പ്രാപ്യമായ വസ്തു ഭാഗവതത്തിൽ ഉദ്ധവര് ഭഗവാനെ അങ്ങനെയാണ് സംബോധന ചെയ്തത് യോഗേശ യോഗവിന്യാസ യോഗാത്മൻ യോഗ സംഭവ നിഷേയസായമേ പ്രോക്ത ത്യാഗസന്യാസലക്ഷണ യോഗേശ യോഗവിന്യാസ യോഗാത്മൻ യോഗ സംഭവ യോഗേശ്വരനാണ് യോഗത്തിനെ നമുക്കൊക്കെ അനുഗ്രഹം ചെയ്ത് തന്ന ആളാണ് യോഗത്തിന് ലക്ഷ്യസ്ഥാനമാണ് അങ്ങനെയുള്ള ഭഗവാൻ മഹായോഗേശ്വരനായ ഭഗവാൻ ദർശയാമാസ പാർത്ഥായ പാർത്ഥന് കാണിച്ചു കൊടുത്തു ഐശ്വരം രൂപം തന്റെ ഈശ്വരസ്വരൂപം കാണിച്ചു കൊടുത്തു അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അനേക ഭക്ത നയനം എവിടെ നോക്കിയാൽ അനേകം മുഖങ്ങൾ നിട്ടൽ കാണുന്ന മുഖങ്ങളൊക്കെ ഭഗവാന്റെ മുഖം സർവതപാണിപാദം തത്സർവോക്ഷി ശിരോമുഖം സർവശ്രുതിമല്ലോകെ സർവം ആവൃത്തി തിഷത്തി സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവൃച്ഛവ നിർഗുണം ഗുണഭോക്തൃച്ച എന്നാണ് ഉപനിഷത്ത് പറഞ്ഞത് ബഹിരന്തശ്ചൂതാം രമേവ സൂക്ഷ്മത്വ തദ്വിജ്ഞേയം ദൂരസ്ഥം ച അന്തിക്കേച്ച തത് ഉപനിഷത്ത് ഈ വിശ്വരൂപത്തിന് തന്നെ വർണ്ണിക്കുകയാണ് അവിടെ സർവകണ്ണുകളും ഭഗവാന്റെ കണ്ണുകൾ സർവശിരസും ഭഗവാന്റെ ശിരസ് സർവശരീരവും ഭഗവാന്റെ ശരീരം വിശ്വത്തോമുഖം എവിടെ നോക്കിയാലും ഭഗവാൻ ഭഗവാനല്ലാതെ ഒന്നുമില്ല ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഇനി ഒരു തെറ്റായ പ്രവർത്തനം ഉണ്ടാവോ തെറ്റായ പ്രവർത്തനം പോയിട്ട് തെറ്റായിട്ടൊരു ചിത്തവൃത്തി പൊന്തി വരുമോ കാരണം ഉള്ളിലും ആ ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കണോ അഹങ്കാരം ദിവ്യമായ അനേക ആഭരണങ്ങളും മാലകളുമൊക്കെ അണിഞ്ഞ് വിശ്വത്തോമുഖം എവിടെ നോക്കിയാലും പ്രകാശിച്ചു നിൽക്കണൂ കൃഷ്ണൻ അതെങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ദിവ്യ സൂര്യസഹസ്രസ് ഭവേത് യുഗപതു നൂറ്റിക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ച് ജ്വലിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആയിരക്കണക്കിന് സൂര്യന്മാർ സഹസ്രസ് സൂര്യസ് ശങ്കരാചാര്യസ്വാമിയിൽ ശിവാനന്ദ ലഹരിയില് ഒരു ശ്ലോകം ആചാര്യസ്വാമി പറഞ്ഞു ഭഗവാനെ ഒരേ ഒരു സൂര്യൻ രാത്രി മുഴുവനുള്ള കൂരാകൂരി ഇരുട്ടിന് നേരം വെളുക്കുമ്പോഴേക്കും ഇല്ലാതാക്കണം അല്ലെ രാവിലെ ഉണ്ടാവണ സൂര്യൻ രാത്രി മുഴുവനുള്ള ഇരുട്ട് സൂര്യൻ ഒതുക്കുമ്പോഴേക്കും പോണം എന്നിട്ട് ഭഗവത്ഗീതയൊക്കെ പറയണു അങ്ങ് ആയിരം സൂര്യന്റെ പ്രകാശമുള്ള ആളാണെന്ന് പറയണു കോടി സൂര്യൻ എന്നിട്ടും എന്താ എന്റെ ഉള്ളിലുള്ള ഇരുട്ട് പോവാത്തത് അതിനൊരു കാരണമേ പറയാനുള്ളൂ അങ്ങേക്ക് പ്രകാശം പോരായ്മയല്ല അതിനേക്കാളും ഭയങ്കരമായി കട്ടിയുള്ള ഇരുട്ടുള്ളിലുണ്ട് അല്ലാതെ വേറെ എന്ത് പറയാവുന്ന ഏകോ വാരിജബന്ധവ ചിതി നോ വ്യാപ്തം തമോ മണ്ഡലം ഭിത്വ ലോചനഗോചരോ പിഭവതി ത്വം കോട്ടി ത്വം കോട്ടി സൂര്യപ്രഭ എന്നിട്ടും കീതൃത്ഭവേത് മത്തമഹ എന്റെ ഇരുട്ടിന്റെ കട്ടിയപ്പ എത്ര കണ്ടോ ഉണ്ടാവണം ഒരു കവിഭാവനയാണവേ വേറെ അല്ല ഒരേ ഒരു കവിഭാവന ഇതിന്റെ സീക്രട്ട് എന്താന്ന് വെച്ചാൽ ഭഗവാൻ ആയിരം സൂര്യനെ പോലെ ജ്വലിക്കണമെന്നുള്ളത് വാസ്തവം ആയിരം ആതിഥേയരൊന്നിച്ചു വരുന്നതുപോലെ വരും വിവേകവൃത്തി നാരായണഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിൽ പറയുന്നു ആത്മാനുഭവം ഉണ്ടാവുമ്പോ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ആയിരം സൂര്യന്മാരെ ഒന്നിച്ചു ജ്വലിക്കണ പോലെ ആത്മാ പ്രകാശിക്കും സമാധീനം സംശയ പോലും ഇല്ലാതെ അത് വരും ഉള്ളിലേക്ക് പക്ഷേ ഇപ്പൊ എന്താണ് അറിയാത്തത് എന്ന് വെച്ചാൽ സൂര്യനെ മേഘം മറയ്ക്കണ പോലെ ഉള്ളിലെ അജ്ഞാനത്തിന്റെ ഒരു മറ സൂര്യൻ ആകാശത്തിലുണ്ടെങ്കിലും കണ്ണ് അടച്ചുപിടിച്ചിട്ട് കാണാനില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മാത്രമല്ല സൂര്യൻ അവിടെ ഉണ്ട് എന്നിട്ട് നമ്മൾ എത്ര പേര് നോക്കുന്നുണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കാം അന്ന് രാവിലെ കഴിഞ്ഞിട്ട് എത്ര പേര് സൂര്യന് നോക്കിയിട്ടുണ്ട് സൂര്യന്റെ ചൂട് നല്ല ചൂട് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും കാറും കൂടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ സൂര്യന് ചിലപ്പോ എത്രയോ മാസങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല സൂര്യന്റെ വെളിച്ചത്തിലാണ് എല്ലാം ചെയ്യേണ്ടത് വാസ്തവം പക്ഷെ സൂര്യന്റെ നേരെ നോക്കാൻ സമയമില്ല നമുക്ക് അതേപോലെ തന്നെ ബോധത്തിന്റെ സാന്നിധ്യത്തിലാണ് ശരീരം ചലിക്കുന്നത് ബോധത്തിന്റെ സാന്നിധ്യത്തിലാണ് പ്രവൃത്തികളൊക്കെ നടക്കണത് ബോധത്തിന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം ഉണ്ടാവണത് പക്ഷേ ആ ബോധത്തിനെ ശ്രദ്ധിക്കുന്നില്ല ഏറ്റവും അത്ഭുതം നോക്കൂ സയൻസ് ഇത്രയൊക്കെ ശ്രദ്ധിച്ചു അല്ലേ ആപ്പിൾ ചോട്ടൽ വീണത് ശ്രദ്ധിച്ചു ആകാശത്തിൽ എവിടെയോ ചുറ്റിത്തിരിയണ ഗ്രഹങ്ങളെ ശ്രദ്ധിച്ചു ഭൂമി ഉരുണ്ടതോ പരന്നതോ ശ്രദ്ധിച്ചു വെള്ളത്തിന്റെ ഉള്ളിൽ ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചു അത്ഭുതങ്ങളൊക്കെ ശ്രദ്ധിച്ചു പക്ഷേ ശ്രദ്ധിക്കണവനെ വിട്ടുപോയി അതാണ് ഇതാ മായ എന്ന് പറയണത് അടുത്തുള്ളത് വിട്ടുപോയി അകന്നതൊക്കെ ശ്രദ്ധിച്ചു എല്ലാം ശ്രദ്ധിച്ചു എത്ര അത്ഭുതങ്ങളായി കണ്ടുപിടിച്ചിരിക്കുന്നു എന്നിട്ടും ഈ കണ്ടുപിടിക്കണവൻ തന്നെ നോക്കിയ തന്നെ ഇങ്ങോട്ട് വിട്ടുകളും എല്ലാത്തിനെയും ശ്രദ്ധിക്കണ ഞാൻ ആരാ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അത് ചോദിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് മായ ബാക്കിയൊക്കെ മനസ്സിലാക്കി അലഞ്ഞു നടക്കും അത് ചോദിക്കാത്തത് കൊണ്ടാണ് ഇന്നും സയൻസിന് പ്രശ്നം അവസാനിക്കാതെ നിൽക്കണം ശാന്തിയില്ലാതെ നിൽക്കണം ചിലയിടത്തൊക്കെ പോയാൽ ശാസ്ത്രജ്ഞന്മാരുടെ തന്നെ സദസ്സുണ്ടാവും ചിലപ്പോ ഈത കേൾക്കാനൊക്കെ അവരൊക്കെ ശാസ്ത്രജ്ഞന്മാരാണെന്നൊക്കെ വാസ്തവം പക്ഷേ ഈ ശാസ്ത്രത്തിൽ ശാസ്ത്ര അജ്ഞന്മാരാണ് ശാസ്ത്രജ്ഞൻ എല്ലാവരുണ്ട് ഒരു സമാധാനവും ഇല്ല ഒരു ശാന്തിയും ഇതിലേക്ക് തിരിഞ്ഞവര് അവര് ശാന്തി കണ്ടെത്തുന്നു ബാക്കിയൊക്കെ നമുക്ക് തന്നെ കൂട്ടുകാരായിട്ടൊരു അഞ്ചാറ് ശാസ്ത്രജ്ഞന്മാരുണ്ട് ആകാശത്തിൽ ഈ റോക്കറ്റൊക്കെ വിടണവർ അവരുടെയൊക്കെ അഭിപ്രായം ഇതാണ് പുറമേക്കൊക്കെ നോക്കാൻ എളുപ്പം പക്ഷെ ഏറ്റവും അടുത്തുള്ള വസ്തു ശ്രദ്ധിക്കപ്പെടാതെ പോണു ആകാശത്തിലുള്ള ദൂരത്തിലും വിദൂരത്തിലുള്ള ഗ്രഹങ്ങളൊക്കെ ശ്രദ്ധിക്കണു ഗോളങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പക്ഷെ ശ്രദ്ധിക്കണവനാര അവിടെ നോക്കിയാൽ ദിവസൂര്യ സഹസ്രസ് ഭവേ യുഗപതുദ്ധിത ആയിരം സൂര്യന്മാരെ പോലെ വസ്തു അവിടെ ഉണ്ട് അടുത്തുണ്ട് പക്ഷെ ആ സൂര്യന്റെ ചൂടൊന്നും ഉണ്ടാവില്ല ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും ഒരു സൂര്യന്റെ ചൂടിനെ നമുക്ക് സഹിക്കാൻ വയ്യാല്ലേ അപ്പൊ ആയിരം സൂര്യന്റെ ചൂട് എന്ന് ചൂടൊന്നും ഭഗവാന് ഉണ്ടാവില്ല അന്ത ഉള്ളിൽ നല്ല കുളിർമ ഉണ്ടാവും അടുത്ത് കാണാം ഭഗവാന് സൂര്യ സഹസ്രെ യുഗപതുദ്ധിത ആയിരക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ചു ജോലിച്ചാൽ എന്തൊരു തേജസ് ഉണ്ടാവോ അതിനോട് വേണമെങ്കിൽ ഒന്ന് ഉപമിക്കാവുന്നതാണ് മഹാത്മന ഒന്ന് ആലോചിച്ചു നോക്കാം തീർത്തട്ടില് തന്റെ മുമ്പിലിരിക്കുന്ന കൃഷ്ണനാണോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രാൻസ്ലീഗർമെന്റ് മുമ്പിലിരിക്കുന്ന കൃഷ്ണൻ വിശ്വപുരുഷനായി ജ്വലിച്ചു നിൽക്കുന്നു അർജുനൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നു തത്ര ഏകം ജഗത്കൃഷ്ണൻ പ്രവിഭക്തമനേകഥ അപശ്യ ദേവദേവ ശരീരെ പാണ്ഡവസ്ത ആ കൃഷ്ണന്റെ ശരീരത്തില് തത്ര ഏകസ്ഥം ആ സ്ഥലത്ത് തന്നെ കൃത്സ്മം ജഗത് ഈ പ്രപഞ്ചം മുഴുവനും പ്രവിഭക്തമനേകത അനേകവിധത്തിൽ മാറി മാറി മാറി മാറി അനേക നാമരൂപങ്ങളായി പിരിഞ്ഞ് അപശ്യ ദേവദേവസ് ശരീരെ പാണ്ഡവസ്ത ദേവദേവനായ ഭഗവാന്റെ ശരീരത്തില് പ്രപഞ്ചത്തിനെ മുഴുവൻ ആ പാണ്ഡവൻ കണ്ടു അർജുനൻ അവിടെ കണ്ടു അവിടെ തന്നെ കണ്ടു എന്ന് ഏകസ്ഥം ജഗത് കൃഷ്ണം ജഗത് ഏകസ്ഥ സകല പ്രപഞ്ചം ഇവിടെ തന്നെ ശിവഭക്തന്മാരുടെ ഇടയിൽ അപ്പരസ്വാമികൾ വലിയ ഭക്തനാണ് നാല് ഭക്തന്മാരാണോ മുഖ്യമായിട്ട് അറുപത്തിമൂന്ന് പേരിൽ മാണിക്യവാചകർ തിരുനാവക്കരശർ തിരുജ്ഞാന സംബന്ധർ സുന്ദരമൂർത്തിസ്വാമി അതിലപ്പർ വളരെ വയസ്സായപ്പോ അദ്ദേഹത്തിന് കൈലാസത്തിൽ പോകണം എന്ന് ആഗ്രഹം ശിവനോട് പ്രാർത്ഥിച്ചു അവർക്കൊക്കെ ഭഗവാൻ സുഹൃത്തു പോലെയാണ് കൂടെ നടക്കണ ആളാണ് ആര് ശരണാഗതി ചെയ്തു അവർക്കൊക്കെ ഭഗവാൻ എങ്ങനെയാണ് കൂടെ മഹാബലിയോട് ഭഗവാൻ പറഞ്ഞു ഇനി തന്നെ വിട്ട് ഞാൻ പെരിയല സദാ സന്നിഹിതം തന്റെ കൂടെ ഉണ്ടാവും ഒരിക്കലും പെരിയില്ല അപ്പൊ അപ്പരു സ്വാമികൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു എനിക്ക് കൈലാസത്തിലേക്ക് പോകണം പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു ദാ മുമ്പിലൊരു കുളം കാണിച്ചു കൊടുത്തു ആ കുളത്തിലൊന്ന് മുങ്ങുക എന്നു പറഞ്ഞു അപ്പര് ആ കുളത്തിലൊന്ന് മുങ്ങി എഴുന്നേറ്റ ഉടനെ അവിടെ തന്നെ കൈലാസ പർവ്വതവും കൈലാസവും കൈലാസത്തിലുള്ള പരമശിവനും കൈലാസത്തിലുള്ള സന്നിധിയുമൊക്കെ കണ്ടു എന്നുവെച്ചാൽ എന്താ അർത്ഥം കൈലാസവും സകല ദേശവിശേഷങ്ങളും ഇവിടെ ഉണ്ട് ഭഗവാൻ രമണ മഹർഷിയോട് ഒരു വെള്ളക്കാരൻ ചോദിച്ചു സ്വാമി അങ്ങ് അമേരിക്കയ്ക്ക് വരില്ലേ എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു അമേരിക്ക ഇവിടെ ഉണ്ട് എവിടെ പോയിട്ട് എന്ത് അമേരിക്ക കാണാൻ അമേരിക്ക ഇവിടെ ഉണ്ട് സകല അമേരിക്കയും ഇന്ത്യയും സകല ദേശങ്ങളും ബോധത്തിലാണുള്ളതല്ലാതെ ബോധം ആ ദേശത്തിലല്ല സകല ദേശവിശേഷങ്ങളും നാമവിശേഷങ്ങളും ഒക്കെ ബോധത്തിലുണ്ട് ോധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പൊ എവിടെ പോയി എന്ത് കാണാൻ മനസ്സും ആത്മാവും കൂടെ ഒരു ഓട്ടപ്പന്തയും വെച്ചു അത്ര മനസ്സ് എവിടെ പോയി നോക്കിയാൽ ആത്മാ ആദ്യമേ അവിടെ ഉണ്ട് ഉപനിഷത്ത് എങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കുന്നത് അനേജദേഗം മനസോ ജവീയൻ പൂർവമർഷക്ക് തദ്ധാവോ അന്യാനേതിഷ്ഠ തസ്മിന്നപ്പോ മാതരി അനേകത അത് ചലിക്കണില്ല പക്ഷേ ചലിക്കുന്ന വസ്തുക്കൾ എവിടെ പോയി നോക്കിയാലും അതുണ്ട് അതില്ലാത്ത സ്ഥലമേ ഇല്ല കാരണം ഈ ചലനമേ നടക്കണത് അതിലാണേ അപ്പൊ ഏകസ്ഥം ജഗത്കൃസ്തം ഒരേ സ്ഥലത്ത് സകല പ്രപഞ്ചങ്ങളെയും കണ്ടു എന്തൊക്കെ കാണണോ ഒക്കെ കാണിച്ചു തരാം പശ്ചാത്യ ചരാചരം മമദേഹേ ഗുഡാകേശ അപശ്യ ദേവദേവസ്ത്യ ശരീരേ പാണ്ഡവസ്ഥത പാണ്ഡവൻ അനേക പ്രപഞ്ചങ്ങൾ എന്തെന്ത് കാണണമെന്ന് ആഗ്രഹിക്കണം അതൊക്കെ അവിടെ അവിടെ അവിടെ അവിടെ പ്രകാശിക്കണം കൃഷ്ണൻ ഇതുപോലെ ഭാഗവതത്തിൽ അർജുനന് വൈകുണ്ഠമൊക്കെ കാണിച്ചു കൊടുത്തു സന്താനഗോപാലം കഥയിലെ ആ ഒരു ബ്രാഹ്മണന്റെ കുട്ടിയെ മോഷ്ടിച്ചുകൊണ്ടുപോയി ഭഗവാൻ തന്നെ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നിട്ട് ആ കുട്ടിയെ തെരഞ്ഞു പോകുമ്പോൾ അർജുനന് കൃഷ്ണൻ കാണിച്ചു കൊടുത്തു പക്ഷെ അർജുനൻ എന്ത് തോന്നിയെന്ന് വെച്ചാൽ കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോകണതായിട്ടും ഓരോ ലോകങ്ങളായി കടന്നു വൈകുണ്ഠത്തിൽ പോയി അവിടെ ആദിശേഷന്റെ മേലെ വിഷ്ണു ഇരിക്കുന്നതായിട്ടും വിഷ്ണുവിന്റെ വടിയിൽ കുട്ടി കുട്ടികളൊക്കെ ഇരിക്കുന്നതായിട്ടും ഒക്കെ കണ്ടു ഇതൊക്കെ കാണിച്ചു കൊടുത്തു അർജുനന്റെ മുമ്പിൽ എന്താന്ന് വെച്ചാൽ ഈ ദേശങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് സകലത്തും ഇവിടെ ഉണ്ട് അതൊക്കെ ഇവിടെ ഇപ്പൊ വീട്ടിൽ കിടന്നുറങ്ങി സ്വപ്നത്തിൽ സുഖമായി ഗുരുവായൂർ പോയി ദർശിച്ചിട്ട് വരണ മാതിരി ഗുരുവായൂരപ്പനെ കണ്ടു പ്രദേശം വെച്ച് പരമസന്തോഷം എഴുന്നേറ്റപ്പോ ഓ വീട്ടിലാ കുറച്ചു നേരം കൂടെ സ്വപ്നം കണ്ടാൽ വേണ്ടില്ലായിരുന്നു എന്ന് അല്ലേ ആ ഗുരുവായൂരപ്പ എവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ശരിക്കും ഗുരുവായൂർ പോയാൽ എന്ത് അനുഭവം ഉണ്ടാവോ അത് ഇല്ലയോ ചിലപ്പോ നേരിട്ട് പോയാൽ ഉണ്ടാവില്ല തിരക്കിൽ പെട്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇടിച്ചു തള്ളി അവരെയൊക്കെ കുറെ ചീത്ത പറഞ്ഞിട്ട് വരും ചിലപ്പോൾ സ്വപ്നത്തിൽ കാണുമ്പോ സുന്ദരമായ ദർശനം അവിടെ പോയിട്ടുള്ള ആ സുഗന്ധവും നാരായണ ജപവും ഒക്കെ കേൾക്കണം എങ്ങനെ ഇവിടെ ഉണ്ട് ഗുരുവായൂർ ശബരിമല ഇവിടെ കൊണ്ട് സകല ദേശവിശേഷങ്ങൾ കാലവും ദേശവും ഒക്കെ ആത്മാവിന്റെ വെറും ഒരു തോന്നൽ ഇത് ഞാൻ വേറെ ഒരു കഥ പറഞ്ഞു തരാം കുറെ കഥ പറഞ്ഞാലേ നിങ്ങൾ ഇരിക്കുള്ളൂ ബീഹാറിലെ ഒരു കൃഷിക്കാരന്റെ കഥ നടന്ന കഥയാണ് ഒരു അമ്പ നാൽപ്പത് വർഷം മുമ്പ് നടന്ന കഥ പാൽ ടൂ എന്നാണ് ആകർഷിക്കാരന്റെ പേര് ഈ പാൽ ടു കുട്ടിക്കാലത്ത് നാട്ടിൽ ഇതുപോലെ ഭാഗവിതം കഥയൊക്കെ പറയാൻ വന്ന ഒരാള് ബദ്രീനാഥനെക്കുറിച്ച് പറയണത് കേട്ടു ബദ്രികേശ്വനെക്കുറിച്ച് ബദ്രീനാഥനെക്കുറിച്ച് പറയണതും വർണ്ണിക്കണതും ഒക്കെ കേട്ടു കേട്ടത് മുതൽ ഈ കുട്ടിക്ക് ബദ്രിയിലേക്ക് പോകണം ബദലിയിലേക്ക് പോകണം ഒരേ ആഗ്രഹം ജീവിതം മുഴുവൻ ഒരേ ആഗ്രഹം വെച്ചോണ്ട് ബദ്രയിലേക്ക് എങ്ങനെ പോകും അറിവില്ലാത്തതുകൊണ്ട് കുറെ കാലം ആഗ്രഹം അങ്ങനെ സൂക്ഷിച്ചു വെച്ചു പണവുമില്ല ദാരിദ്ര്യമാണ് കൃഷിപ്പണിക്കാരാണ് അപ്പൊ പാടത്തൊക്കെ പണിത് കുറച്ചു കാലം അങ്ങനെ പോയി എന്നിട്ടൊരു മുപ്പത് നാൽപ്പത് വയസ്സ് മുതൽ ബദ്രിയിലേക്ക് പോവാൻ പണം സമ്പാദിക്കാൻ തുടങ്ങി കുറച്ച് നടന്നു വേണം പോവാൻ നടന്നുപോയി ബദ്രിയിൽ പോയി ദർശിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് സാധിച്ചത് എഴുപത്തിയഞ്ച് വയസ്സിനോ എൺപത് വയസ്സിനോ ആണത്ര അത്ര കാലം ഇതേ ആഗ്രഹം എന്നിട്ട് ഏകദേശം ഏത് സമയത്താ പോണത് അന്വേഷിച്ചു വെച്ച് ബീഹാറിൽ നിന്ന് നടന്ന് ബദ്രിയിലെത്തുമ്പോഴേക്കും ബദ്രിയിൽ അന്ന് എത്തുന്ന ദിവസം ശ്രീകോവിലിന്റെ മുമ്പിലെത്തിയപ്പോ ബദ്രിയിൽ ഈ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ പൂട്ടുമല്ലോ അവിടെ നട പൂട്ടിയിട്ട് രാവൽ അവിടുന്ന് പുറത്തിറങ്ങാം ഇനി ഇദ്ദേഹത്തിന് പോവാൻ പറ്റില്ല ജീവിതം മുഴുവനുള്ള ആഗ്രഹമായിരുന്നു ജീവിതം മുഴുവൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അനേക വർഷങ്ങൾക്ക് ശേഷം നടന്നു പോയി ബദ്രിയിലെത്തിയപ്പോ ആ ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തിയപ്പോ നട പൂട്ടിയിട്ട് രാവൽജി പുറത്തിറങ്ങാം രാവൽ എന്നാണ് പറയുക ഇവിടുത്തെ നമ്പൂതിരിയാണ് ബദ്രിയില് പൂജ അദ്ദേഹം നട പൂട്ടിയിട്ട് ഇറങ്ങാണ് കൂടെ രാജാവും ഒക്കെ ഉണ്ട് സമ്പ്രദായവും അങ്ങനെയാണ് പൂട്ടിയിട്ട് പുറത്തേക്ക് വരുമ്പോ അതിന് അധികാരം അധികാരികളും ഒക്കെ കുറച്ച് ആളുകൾ വരും കൂടെ പൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങണു ഇയാള് രാവലിന്റെ കാലിൽ പോയി വീണു കരഞ്ഞു എനിക്കിനി തിരിച്ചിങ്ങോട് വരാൻ പറ്റില്ല ജീവിതം മുഴുവൻ വെച്ച് കാത്തു സൂക്ഷിച്ച ആഗ്രഹമാണ് എനിക്കെങ്ങനെയെങ്കിലും ഒരിക്കൽ തുറന്ന് ഭഗവാനെ ഒന്ന് കാണാൻ അവസരം തരണം രാവൽ ഈ രാവൽജിയാണ് പിന്നാലെ ഈ കഥ പുറത്തുവിട്ടത് പറഞ്ഞത് ആ രാവൽ പറഞ്ഞു എനിക്ക് നിവൃത്തിയില്ല അയാളെ കണ്ടപ്പോ ഈ രാവലിനും കരച്ചിലു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നിയമം മാറ്റാൻ പറ്റുമോ ഇതൊക്കെ ശരിക്ക എന്താ അധികാരികളൊക്കെ വന്ന് അത് പൂട്ടുക എന്നുള്ളത് തന്നെ ഒരു സമ്പ്രദായമാണ് സാമ്പ്രദായികമായ രീതിയിൽ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പാടില്ല ഇനി ആറുമാസം കഴിഞ്ഞ് തുറക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും തുറക്കാൻ പാടില്ല അങ്ങനെ പൂട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഒരു നിവൃത്തിവില്ല ആറുമാസം കഴിഞ്ഞ് വരൂ ഈ ആറുമാസത്തിന്റെ ഇടയിൽ ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ല ആ മഞ്ഞിന്റെ ഇടയിൽ താമസിക്കാനൊന്നും പറ്റില്ല ഇദ്ദേഹത്തിന് വസ്ത്രം പോലും ശരിക്കും ഇല്ലാപാവും നമ്മളൊക്കെ ഇപ്പൊ പോകുമ്പോ തന്നെ നല്ല സ്വെറ്ററും സോക്സും ഷൂവും ഒക്കെ ഇട്ടുകൊണ്ടാണ് പോണത് കേദാറിലേക്കും മധുരയിലേക്കുമൊക്കെ അവിടെ പൂജ ചെയ്യണവരും അങ്ങനെ ചെയ്യുള്ളൂ പക്ഷെ ഈ കൃഷിക്കാരന് ഇതൊന്നുമില്ല ശരീരം വിറങ്ങലിച്ചു പോകും അവിടെ ഇരുന്ന് കരഞ്ഞു നിവൃത്തിയില്ല ഇയാള് അവിടെ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങി ഈ രാവൽജി അവിടെ പോയി ഇയാൾ അവിടെ മൂർച്ഛിച്ചു വീണു ബോധം കേട്ടു വിടും ഇത് കഴിഞ്ഞ് ആ ആറേഴു മാസം ഈ റാവൽജി ഇതേ വശമായിരുന്നു അത്ര ഈ പൂജക്കാരന് മനസ്സിന് ഇയാൾ വന്നതും കരഞ്ഞതും എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് കരഞ്ഞതും തലയിൽ അടിച്ചുകൊണ്ട് കരഞ്ഞതും അവിടെ വീണതും ഒക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ഈ ഓർമ്മയോടെ ആറേഴു മാസം കഴിഞ്ഞിട്ട് ഭഗവാനോട് ഈ ദമ്പൂതിരിയും പ്രാർത്ഥിച്ചു അത്രേ ആറുമാസം കഴിഞ്ഞ് ഒരിക്കൽ അദ്ദേഹത്തിന് വന്ന് ദർശനം ചെയ്യാനൊരു അവസരം ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കണം അദ്ദേഹം നട തുറക്കുമ്പോ നട തുറക്കാൻ വരുമ്പോ ഈ പാൽ ടൂ അവിടെ ഉണ്ടോഷത്തോടെ നട തുറന്നു കഴിഞ്ഞതും വന്ന് ഭഗവാനെ ദർശിച്ച് കണ്ണീര് വിട്ടുകൊണ്ട് ദർശിച്ച് അവിടെയൊക്കെ കിടന്ന് ഉരുണ്ടു കുറെ നേരം ഭഗവാന്റെ മുമ്പിൽ നിന്നു എന്നിട്ട് ഈ റാവൽജിയുടെ കാലില് കെട്ടിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അന്നു മഹാകാരുണ്യമാണ് എന്റെ അടുത്ത് ആറുമാസം കഴിഞ്ഞേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങന അപ്പൊ രാവിലെ തന്നെ ഒന്ന് എനിക്ക് വേണ്ടി തുറന്നില്ലേ വലിയ കാരുണ്യമാണ് അങ് എനിക്ക് ചെയ്തത് രാവൽജിക്ക് ഒന്നും മനസ്സിലായില്ല ഇയാളിങ്ങനെ പറയാ അങ്ങ് എനിക്ക് വേണ്ടി തുറന്നതാണെന്നാണ് എനിക്ക് തോന്നണത് ആറുമാസം കഴിഞ്ഞ് വന്ന് തുറക്കുന്നു പറഞ്ഞ ആള് രാവിലെ തന്നെ വന്ന് തുറന്നില്ലേ ഇയാൾക്ക് ഒരു രാത്രിയായിട്ടുള്ളൂ ഈ രാവൽജി ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചു എന്താ നടന്നത്രന്ന് പതുക്കെ ഒന്ന് സമാധാനമായപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത് ഇയാൾ ആ ആറുമാസം മുമ്പ് വന്നപ്പോ അവിടെ മൂച്ചിച്ച് വീണതാ അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു പയ്യൻ വന്നു അത്ര അവിടുത്തെ ഈ മലയിലൊക്കെ വസിക്കണ ഒരു പയ്യൻ വന്നിട്ട് പിടിച്ചു എഴുന്നേപ്പിച്ച് ബാബാജി വരൂ ഇവിടെ കിടക്കണ്ട നമുക്ക് ഇവിടെ എന്റെ അടുത്തും ഇവിടെ ഒരു ഗുഹേണ്ട അവിടെ പോയി താമസിക്കാം നാളെ രാവിലെ അവര് ചിലപ്പോ അമ്പലം തുറക്കും അപ്പൊ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയിത്രേ വിളിച്ചുകൊണ്ടുപോയിട്ട് തീ ഒക്കെ കൂട്ടി ആ തീയുടെ അടുത്തിരുന്ന് ചൂടൊക്കെ കൊടുത്ത് പകിട കളിച്ചുകൊണ്ടിരുന്നതാണ് രാത്രി പകിട കളിച്ച് ഒരു രാത്രിയേ കഴിഞ്ഞുള്ളൂ പകിട കളിച്ചുകൊണ്ടിരുന്നു ആ ഒരു രാത്രിയിൽ ഇവിടെ ആറുമാസം പോയി തറയുടെട ബാല് നുകർന്ന ഭാഗ്യവാൻമാർക്കൊരു പതിനായിരം ആണ്ടൊരു അൽപ്പനേരം പറയുന്നു ആറുമാസം ഇവിടെ പോയി അവസാനം കളി കഴിഞ്ഞതും ഈ ചെക്കൻ ഇയാളോട് പറഞ്ഞു പാൽ ടൂട് പറഞ്ഞു ഇപ്പൊ നേരം വിളിച്ചായിരിക്കുന്നു ചിലപ്പോ അവരിന്ന് വന്ന് അമ്പലം തുറക്കും എനിക്ക് പണിക്ക് പോകണം നീ വേറെ പോയി അമ്പലത്തിന് പോയ മുമ്പിൽ പോയി നോക്കൂന്ന് പറഞ്ഞു പറഞ്ഞു തര പ്രതീക്ഷയില്ലാതെയാണ് വന്നത് അടുത്ത ദിവസം നേരെ വിളിച്ചതായിട്ടല്ലേ ഉള്ളൂ എവിടെ വന്ന് നോക്കുമ്പോ രാമൽജി വന്ന് അമ്പലം തുടക്കുന്നുണ്ട് ആറു മാസം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കാലം ആ വിശ്വേശ്വരന്റെ ഒരു ലീലയാണ് കാലം കാലാതിയാലെ കാലാതിയാകും മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി നെയ് ജനനീ നവരത്നമഞ്ചരിയിലെ നാരായണഗുരു സ്വാമികൾ ഇതിനെ എടുത്ത് പറഞ്ഞു കാലാതിയാകും മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതി മെയ്യ് അംബികയുടെ വസ്ത്രം ശരീരം എന്താണെന്ന് വെച്ചാൽ ലീലാപടം വെറും കളിയാകുന്ന ഒരു തിരശീല ആ തിരശീലയിലുള്ള നൂലെന്താന്ന് വെച്ചാൽ കാലാതിയാകും മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മെയ്യ് ഈ കാലം ദേശമൊക്കെ ആ ജഗതീശ്വരി ആ മഹാമായയുടെ വെറും നൂലുകൾ അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിനെ നെയ്ത ഉണ്ടാക്കിയിരിക്കുന്നത് അതെങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും അവൾ അവൾ കളിക്കുന്ന കളിയാണ് ഈ പ്രപഞ്ചം തന്നെ ആ ജഗതീശ്വരിയുടെ വെറും ഒരു കളി അവൾ എന്തു പറഞ്ഞോ അത് വിശ്വസിച്ചോളൂ അമ്മക അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണ കഥ പോലെ ജഗന്മാതാവ് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഒരിടത്ത് പറയുന്നു പരബ്രഹ്മ മായ ബാലന്മാർക്ക് പാലു കുടിക്കണ സ്ഥലന്തയന്മാർക്ക് പാലുകുടിക്കാൻ വേണ്ടി കുട്ടിക്ക് കഥ കള്ളക്കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ പരബ്രഹ്മ മഹിഷിയായമായ ജീവനെ മടിയിലിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കടങ്കഥയാണ് ഈ വിശ്വം അസ്തവത്തിലില്ല ഉള്ളത് ആ ഈശ്വരൻ മാത്രം പക്ഷെ ആ ഈശ്വരൻ തന്നെ നമ്മളെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കഥ ആ കഥയിൽ ഈ ദേശം കാലമൊക്കെ ഇങ്ങനെ വന്നു വന്നു വന്നു വന്നു വന്നു പോയിക്കൊണ്ടിരിക്കും ഇവിടെ കാലമില്ല ദേശമില്ല ഒക്കെ പക്ഷെ കാണപ്പെടുന്നു അനുമോദശയിൽ ഒക്കെ കാണപ്പെടുന്നു ഇത് വായ എന്നറിഞ്ഞ ഒക്കെ പറഞ്ഞു പോകും നമുക്കിപ്പോ സിനിമയും ഡ്രാമയും ഒക്കെ കാണാൻ ആശിക്കുന്ന പോലെ ഭഗവാന്റെ വായയും കാണാൻ ഒരു ആഗ്രഹമുള്ളത്തോളം കണ്ടുകൊണ്ടിരിക്കാം മതി എന്ന് തോന്നിയാൽ എഴുന്നേറ്റ് പോവാം പക്ഷെ തോന്നണില്ല അതാണ് ആ തോന്നുന്ന ഘട്ടമാണ് വൈരാക്യം അതുവരെ ഈ വായയെ ഭഗവാൻ ഇത് ഭഗവാന്റെ ദൈവീമായ ആണെന്ന് അറിഞ്ഞാൽ എന്ത് സന്തോഷം െ ഭഗവാന്റെ മായയാണെന്ന് അറിയുമ്പോ ഇപ്പൊ നമ്മള് ഈ ബദരീനാഥില് ഈ പാൽ ടൂന്റെ കഥ പറഞ്ഞപ്പോ നമുക്കൊരു ഭാവം ഉണ്ടായി ഇതേപോലെയാണ് നമ്മളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പാൽ ടൂന് മാത്രമല്ല നമ്മളുടെ മുമ്പിൽ നടക്കുന്ന ഈ ജീവിതം ഇതേപോലെ ഭഗവാൻ കാണിക്കുന്ന ഒരു മഹാ യോഗ വൈഭവമാണ് മായാവൈഭവമാണ് ആരാഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നുമില്ല ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപ്പെറും നാദഭൂമിയിൽ അന്നാവിരാഭപടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുംപടി കലർന്നാറിടുന്നു ജനനി ഒന്നായ ആ മാമതി എന്ന് വെച്ചാൽ ആ മഹത്വത്വം യിൽ നിന്നും ആയിരം ത്രിപുടി കോടിക്കണക്കിന് ആയിരക്കണക്കിന് ജീവരാശികൾ പൊന്തി വരണമെന്ന് നിൽക്കണോ അസ്തമിക്കണം ഇതെല്ലാമേ ആ ജനനി ആ ജഗദീശ്വരി തന്നെയാണ് പ്രപഞ്ചം ജഗതീശ്വരി തന്നെയാണ് ഇവിടെ കൃഷ്ണൻ മായ തന്നെയാണ് കൃഷ്ണൻ കൃഷ്ണൻ തന്നെ മായയാണ് ഒക്കെ ഒന്നു ആ പ്രഭു ഇവിടെ എല്ലാം കാണിച്ചു കൊടുക്കുന്നു തതസ്സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാനഞ്ജയ പ്രണമ്യ ശിരസാ ദൈവം കൃതാഞ്ജലിരഭാഷ വിസ്മയാവിഷ്ട അദ്ഭുതപ്പെട്ട അർജുനൻ ഹൃഷ്ടരോമ രോമ രോമമൊക്കെ എഴുന്നേറ്റു നിന്നു രോമാഞ്ചമുണ്ടായി ധനഞ്ജയനായ അർജുനൻ പ്രണമ്യ ശിരസ വീണ് നമസ്കരിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് സ്തുതിക്കുന്നു അർജുനൻ ഇനി അർജുനന്റെ സ്തുതിയാണ് ജഗത്തു മുഴുവൻ ഭഗവാണേ മനസ്വം വ്യോമ ത്വ മരുദസി മരുത്സാരതിരസി ത്വമാപസ്വ ഭൂമി ത്വി പരിണതം മേവ സ്വാത്മാനം പരിണമയത്തും വിശ്വവപുഷാ ചിദാനം ശിവയുവതിഭാവന വിമൃശേ വിശ്വപം വരണേ ദീതെ അടുക്കണം സൌന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു അമ്മേ അമ്മ സൂക്ഷ്മമായി ഉള്ളിലും ആദ്യം മനസ്സായി പൊന്തു മനസ്ത്വം പിന്നെ പുറമേക്ക് വ്യോമ സ്പേസായിട്ട് പൊന്തുണു വ്യോമത്വം പിന്നെ മരുദസി അവിടുന്ന് കാറ്റായിട്ട് പൊന്തു മരുസ അരധിരസി അഗ്നിയായിട്ട് പൊന്തുന്നു ത്വമാപ വെള്ളമായിട്ട് വരുന്നു ത്വമാപസ്ത്വം ഭൂമിഹി ഭൂമിയായിട്ട് വരുന്നു ത്വ് പരിണതായാം നഹിപരം അമ്മയല്ലാതെ ഇവിടെ പരിണമിച്ച് കാണപ്പെടുന്ന ഒന്നുമില്ല ത്വമേവ സ്വാത്മാനം വിശ്വവപുഷാം സ്വാത്മസ്വരൂപിണിയായ ആ ജഗതീശ്വരി തന്നെ വിശ്വവപുസ് വിശ്വമേ ശരീരമായി പരിണമിച്ച് ചിദാനന്ദ അതേസമയം ഇതിനു പുറകിൽ അധിഷ്ഠാനത്തിൽ ചിദാനന്ദാകാരം ഈ നിന്നും ഇതേപോലെ തിരിച്ചുപോയാൽ ഭൂമിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്നും അഗ്നി അഗ്നിയിൽ നിന്നും വായു വായുവിൽ നിന്ന് ആകാശം ആകാശത്തിൽ നിന്നും മനസ് മനസ്സ് എവിടെ പൊന്തിയോ അവിടെ അടങ്ങുമ്പോ മനസ്സ് അടങ്ങുന്ന സ്ഥലത്ത് അതീവ സൂക്ഷ്മമായ ഒരു മയൂഖാവലി ഒരു പ്രകാശം കാണപ്പെടുന്നു ആ പ്രകാശം അല്ലയോ ജഗതീശ്വരി അവിടുന്നാണ് ആ മയൂഖാവലി നിശ്ചലമായ തുരിയാവസ്ഥയിൽ നിന്നും അനിർവചനീയമായി പൊന്തുന്ന വെളിച്ചം അമ്മയുടെ സ്വരൂപമാണ് ആചാര്യസ്വാമി ഇതൊക്കെ അത്ഭുതം യോഗികൾക്കല്ലാതെ എങ്ങനെ മനസ്സിലാവും ആ മയൂഖാവലി ആ വെളിച്ചം അമ്മയുടെ സ്വരൂപമാണ് അവിടെ നിന്ന് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് പൊന്തി മനസ്സോടൊപ്പം ധ്വനി പൊന്തി ധ്വനിയിൽ നിന്ന് ആകാശം പൊന്തി സകലതും പൊന്തി പ്രപഞ്ചം മുഴുവൻ പൊന്തി കാണുന്നു ഇതൊക്കെ ഇതേപോലെ കെട്ടടം നമ്മൾ ജവിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ധ്വനിയിലെത്തി ജപം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മനസ്സ് ക്രമേണ ആകാശസ്വരൂപമായി മാറും ധ്വനിയിൽ നിന്ന് ക്രമേണ വെളിച്ചത്തിലടങ്ങും വെളിച്ചം ആത്മാവിലടങ്ങും ആ പ്രകാശം ആത്മാവിലടങ്ങും ധ്വനി തന്നെ സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം ആ ശബ്ദവും അടങ്ങിയാൽ അവിടെ ഉള്ള വസ്തു സ്വയം പ്രകാശം ബോധം ബോധം മാത്രമേ ഉള്ളൂ അപ്പോ അർജുനന്റെ മുമ്പിൽ ഭഗവാൻ ഇവിടെ വിശ്വം മുഴുവനുമായി പരിണമിച്ച് കാണിച്ചു കൊടുത്തു ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന വിഭൃഷേ ചിതാനന്ദാകാരം പരിണമയത്തും വിശ്വപുഷ ചിതാനന്ദമായ വസ്തു വിശ്വമേ ശരീരമായി പരിണമിച്ച് മുമ്പിൽ കാണപ്പെടുന്നു ഇത് നമ്മളിങ്ങനെ കേട്ട് കേട്ട് മനനം ചെയ്ത് ഉറപ്പിച്ച് കാണുന്ന വസ്തുവൊക്കെ ആ ഭഗവാൻ തന്നെയാണ് ആ വാസുദേവൻ തന്നെയാണ് പ്രപഞ്ചമായി കാണുന്നു എന്ന് കണ്ടാൽ എന്താ ആനന്ദം പിന്നെ ആരോടും വെറുപ്പില്ല ആരോടും ദ്വേഷമില്ല പ്രത്യേകിച്ച് ആസക്തിയില്ല ഭയമില്ല ഒന്നിനെയും ഭയപ്പെടാനില്ല ഇനി ഭയപ്പെടും സ്വന്തം അച്ഛൻ നരസിംഹവേഷം കെട്ടി വന്ന മകൻ പേടിക്കോ അതാണ് അറിഞ്ഞിട്ടില്ലെങ്കിൽ പേടിക്കും അച്ഛനാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പേടിക്കും അല്ലെ ഭാഗവതത്തിൽ നരസിംഹമൂർത്തി വന്ന് ഗർജിച്ചപ്പോ സകല ദേവതകളും വരണ്ടു പക്ഷെ പ്രഹ്ലാദന് യാതോ ഒരു പേടിയില്ലാതെ അടുത്തുപോയി നമസ്കരിച്ചു നമത്യ അപഭയേ കാരുണ്യഭാരാകുണ അപഭയേ ഭയമില്ലാതെ ചെന്ന് നമസ്കരിച്ചു പ്രഹ്ലാദനോട് ചോദിച്ചു എന്താ പ്രഹ്ലാദ പേടിയിലേ അയ്യേ നമ്മുടെ ഭഗവാനല്ലേ പ്രഹ്ലാദൻ അതേ കാണുന്നുള്ളൂ ഈ ഭയങ്കരമായ നാക്ക് നീട്ടിയതോ പല്ലോ ഒന്നും അത് കഥയല്ല നമ്മളുടെ ജീവിതത്തിൽ ഭഗവാൻ ചിലപ്പോൾ നരസിംഹാവതാരം എടുക്കും ഭയങ്കരമായ അനുഭവമായിട്ട് വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുഃഖത്തിന്റെ രൂപത്തിലോ അത്യാഹിതത്തിന്റെ രൂപത്തിലോ പാപത്തിന്റെ രൂപത്തിലോ ഒക്കെ വരുമ്പോ അത് നരസിംഹരൂപമാണ് എന്ന് കണ്ടു പ്രഹ്ലാദനെ പോലെ അയ്യേ ഇത് നമ്മുടെ ഭഗവാനല്ലേ എന്ന് പറയാൻ കഴിയണം അതിനാണ് ഈ വിശ്വരൂപ ദർശനം ഭഗവാൻ എനിക്ക് കാണിച്ചു കൊടുക്കണതേ ഇത് കണ്ടാൽ എന്തൊക്കെ കണ്ടാലും വിശ്വത്തിൽ നടക്കുന്നത് മുഴുവൻ ഇവിടെ ചിത്രീകരിക്കാൻ പോണു ഭഗവാൻ നല്ലതും ചീത്തയും മംഗളമായിട്ടുള്ളതും അമംഗളമായിട്ടുള്ളതും ഒരു വശത്ത് ഈ അർത്തുക വേറൊരു വശത്ത് ആക്സിഡന്റ് വേറൊരു വശത്ത് കല്യാണം വേറൊരു വശത്ത് കുട്ടികളുണ്ടാവണോ വേറൊരു വശത്ത് ആപത്തുണ്ടാവണം വിപത്തുണ്ടാവണം ഇതൊക്കെ അനന്തമായ വാസുദേവൻ ണിക്കുന്ന നാടകം എന്ന് കണ്ടാൽ പിന്നെ എന്ത് കംപ്ലൈന്റ് പറയും ആരെക്കുറിച്ച് കുറ്റം പറയും ഇവിടെ എന്ത് നന്നാക്കാനുണ്ട് എന്തിനെ ഭയപ്പെടണം സ്വാർത്ഥത എങ്ങനെയെങ്കിലും പൊന്തോ സ്വാർത്ഥതയൊക്കെ പോയി സർവധർമാൻ പരിത്യജ്യം അമേകം ശരണം വ്രജൻ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി ആശുചഹ പേടിയൊക്കെ വിട്ട് ശരണം വ്രജൻ ശരണാഗതി ശരണാഗതി ചെയ്താലോ സ്വതന്ത്രം നമ്മളൊക്കെ സ്വതന്ത്രന്മാർ സ്വതന്ത്രന്മാർ ശരണാഗതി ചെയ്താൽ പിന്നെ നമുക്കായിട്ട് കർത്തവ്യമൊന്നുമില്ല നമ്മളുടെ ജീവിതം മുഴുവൻ നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചാൽ നിരന്തരം ടെൻഷൻ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് അറിഞ്ഞ് ഭഗവാന്റെ നാമവും സങ്കീർത്തനം ചെയ്തുകൊണ്ട് ജപിച്ചുകൊണ്ട് ഒക്കെ ഭഗവാന്റെ കയ്യിൽ അർപ്പിച്ചിട്ട് ട്രെയിനിൽ ടിക്കറ്റ് എടുത്തി എടുത്തു കഴിഞ്ഞാൽ ചിലവര് പാലക്കാട് നിന്ന് ഡൽഹിക്ക് പോവാൻ ഓലക്കോട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിൽ എത്തിയിട്ടേ അപ്പർബുറത്ത് നിന്ന് ഇറങ്ങുള്ളൂ ആളുകളുണ്ട് കയറിയാൽ കടന്നു കളയുന്നു ഉറങ്ങിക്കളയും നല്ല ശരണാഗതരാണവര് നമുക്ക് വഴി കാണിച്ചു വരികയാണോ അതുപോലെ ഭഗവാന് ശരണാഗതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പേടിയേ ഇല്ല കൊണ്ടെത്തിയിട്ട് പിന്നെ നോക്കിയാൽ മതി അത് വേറെ ഉറങ്ങാം ഉറങ്ങാന്ന് വെച്ചാൽ എന്താ അർത്ഥം ശാന്തമായിട്ടിരിക്കാം ടെൻഷനേ ഇല്ല എപ്പോ എത്തും എപ്പോ എത്തും ഇവര് നമ്മൾക്കൊക്കെയാണ് ആദ്യമായിട്ട് പോകണവർക്ക് എത്തിയോ എത്തിയോ എത്തിയില്ല ബോറടിക്കണോ ഇവർക്ക് ഇതൊന്നുമില്ല ഒരു വർഷത്തിൽ അഞ്ചെട്ട് പ്രാവശ്യം പോയിട്ട് വരും ട്രെയിനിൽ എന്താ പരിപാടി വെച്ചാൽ ഇതാണേ ട്രെയിനിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ എത്തുന്ന സ്ഥലത്തെത്തിയിട്ടേ ഇറങ്ങും ചിലർ ആഹാരം കഴിക്കാൻ പോലും ഇറങ്ങില്ല അങ്ങനത്തെ ആളുകളാണല്ലോ അത് അവര് അപ്പൊ അതുപോലെ ജീവിതത്തിൽ ഭഗവാനെ ശരണാഗതി ചെയ്താൽ നമ്മളുടെ കയ്യിലാണ് ചുമതലയൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ എന്തൊക്കെ നേടിയെടുക്കണം എന്നൊക്കെ വിചാരിച്ച അതൊന്നുമില്ലെങ്കിൽ ഭഗവാന്റെ കയ്യിൽ വെറും ഒരു യന്ത്രം ഭഗവാൻ യന്ത്രീ ഞാൻ യന്ത്രം ഭഗവാൻ ചെയ്യിപ്പിക്കണ പോലെ ചെയ്യണു അത് നല്ലത് വരുമ്പോഴും ചീത്ത വരുമ്പോഴും ഒരേപോലെ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരേപോലെ എന്ത് വരുമ്പോഴും അങ്ങനെ അങ്ങനെ അടങ്ങിക്കൊടുത്താൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ജീവൻമുക്തി ശരണാഗതൻ ജീവൻ മുക്തനാണ് ശരിക്കും ചെയ്താൽ അവൻ ജീവൻ പിന്നെ ബന്ധമില്ല ശരണാഗതി എന്നുള്ളത് അവസാനം കൊണ്ടുവച്ചത് അത്ര എളുപ്പത്തിലൊന്നും ഈ ജീവന് ചെയ്യാൻ പറ്റില്ല എന്നറിയാം അതുകൊണ്ടാണ് ഗീതം മുഴുവൻ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു അർജുന ഇത്രയും പറഞ്ഞതൊക്കെ എന്തിനാന്ന് വെച്ചാൽ അവസാനം അടങ്ങാനായിട്ട് അങ്ങോട്ട് വിട്ടിട്ട് എനിലെ പൂർണ്ണമായിട്ട് അടങ്ങിക്കൂട എല്ലാം ഞാൻ ചെയ്തോളാം ആ അടങ്ങിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം പരിപൂർണമായ മുക്തി ജീവൻ മുക്തി ഇതാണ് വിശ്വരൂപദർശനത്തിന്റെയും പ്രയോജനം ഇപ്പൊ വിശ്വം മുഴുവൻ വിശ്വേശ്വരൻ നടത്തണമെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്കെന്ത് വിഷമം നമ്മളുടെ പ്രത്യേക ആസക്തി ഒക്കെ പോവും പ്രത്യേക അറ്റാച്ച്മെന്റ് ഒക്കെ പോവും അത വിശ്വേഷ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേശുമേ സ്നേഹപാശമിമും ചിന്തി ദൃഢം പാണ്ഡുഷു പ്രശ്നിഷു ത്വേ അനന്യ വിഷയാ മതിമധുപത്തെ സകൃ്രതിമുദ്വഹദാ ദിവോം ഉദൻവീ ഭാഗവതത്തില് കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അതാണ് അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തെ ഹേ വിശ്വേഷ വിശ്വത്തിനീശ്വരനായിട്ടുള്ളവനെ വിശ്വാത്മൻ വിശ്വത്തിന് അന്തരാത്മാവായിട്ടുള്ളവനെ വിശ്വമേ സ്വരൂപമായിട്ടുള്ള ഭഗവാനെ അങ്ങയെ വിശ്വസ്വരൂപനായി കാണാനും ഇപ്പൊ തടസ്സം എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ചില ബന്ധുക്കളോടും അവരോടും ഇവരോട് ആസക്തിയുണ്ട് അതിനെ ചിന്തി മുറിച്ചുകളയ അതുമാത്രമല്ല ത്വ അനന്യഭക്തി അവിടുത്തെ ഒരു ക്ഷണം പോലും മറക്കാതെ അതായത് അങ്ങ് വിശ്വസ്വരൂപനാണ് സകലതും അവിടുന്നാണ് ചെയ്യണത് എന്നുള്ളതും മറന്നുകളയാതെ ജീവിക്കാനും അനുഗ്രഹിക്കണം ഇതാണ് വിശ്വരൂപ ദർശനത്തിന്റെയും പ്രയോജനം ബാക്കി ശ്ലോകം നമുക്ക് നാളെ കാണാം ശം പരമാകാ ഗോണരിണലോലയാസം പരമായാസം മായാക്കതാകാരമുനാരം ഥമാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോവിന്ദം ഭജഗോവിന്ദം പരമ ഒരിക്കൽ കൂടെ ഉറക്കെ ഉറക്കിച്ചല്ലണം ീഹേതിയശോദൈശവസന്ത്രസം വലോതലോകളോകുർദശ ലോകളി ലോകുരമൂല സ്തം ലോകോകമോക്ക ോകേശം പരമേശ പ്രണമത ഗോവിം പരമാനന്ദം ഗോവിന്ദ പരമാനന്ദ ഭജ ഗോവിന്ദ പരമാനന്ദോവിരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം ത്രൈവിഷ്ട്രിപുവീരഗ്നം ചിതിഭാരഗ്നം ഭരോകം കൈബലമുഹാരം വൈവലസ്ഫുടേവൃത്തിവിാഭാസമസം കല ശം പ്രണമോ പരമാനന്ദം paramanandam bhaja govindam paramanandam govindam paramanandam bhaja govindam paramanandam സർവേദാത്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരു പ്രണതോസ്മ്യഹം കാചാ മനസേന്ദ്രി ബുദ്ധ്യാത്മന പ്രണത്തെ സ്വഭാവ കോമി യാരായണയേതി സമർപ്പ